അതുകൊണ്ട് നീ അറിഞ്ഞോ ഏതറിഞ്ഞോ അള്ളാഹുവിനെ അറിഞ്ഞോ എന്നാണോ സാരിഫി എന്നുള്ളതിന് മക്കളെ പ്രകടിപ്പിക്കണ്ടേ അത് പറഞ്ഞ് അയ്യേ എന്ന വാജിപത്വം ബിസ്സറാതില്ല അച്ഛൻ എന്നാണോ ഓപ്പന കൊണ്ടുപോകുന്നത് അത് ചെറവ് കൊണ്ട് വാജിപായതാകുന്നു എന്നല്ലാതെ അച്ഛനുകൊണ്ട് വാജിപായതല്ല ദുസ്താരം വാജിപാകും ചെറവ കൊണ്ടാണല്ലോ വാജിപൈ ഞങ്ങളുടെ അസലി ഫൈൻഡല്ല തൊന്നാം മാസം നോക്കു നോക്കണം വാജിബാണ് എന്താ തെളിവ് ശെരായ വാജിബാണ് അക്കലിയായ വാജിബല്ല എന്ന് പറഞ്ഞ മാതിരി ശരയിയായ വാജിബിൽപ്പെട്ടതാണ് ഇത് ശിലാഫല്ലിൽ മാറ്റത്തിലെത്തി മാറ്റി അസിലെത്തി അവർ മത്തി പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ يعني قريبا يأتي بها مطلعه كارك الله ولي مقدم يأتي ولمما كانت معرفة الله تعالى هذه الشراء وإنه يتكلم واجبكم بالشراعي إن وجود المعرفة لم يدرك إلا من الشراعي الله إلا معرفة واجبانا يلللغاريا سراعي كوري الله بسرن الله نعم വനം ഞാനും എന്നെ അറിയൂ കോടിയല്ലാ ദൈവയുമില്ലാ ന ഹദറാത്ത് അതൈന്നെ അപ്പോൾ ശറായേനിക്ക് മാത്ര ഹസറാതി കേറിഞ്ഞോൻ ഫനാഹുകം അബന ശറായീ ശറായീൻ മുബഹുകം ദൗദ വാജിബൻ മുബഹുകം ദൗദ അറാമുൻ മുബഹുകം ദാന ഹുദുകം ദൗദനല്ലെ ഒപ്പി പറഞ്ഞി അപ്പോൾ അബ്ദുന്നോക്കൽ എന്നൊന്ന് തന്നെ ചാടിങ്ങ കൊടുന്നു ഈ ശറായേന്ന് നേനു മുൻപ് പത്രത്തിന്റെ ഹലികാര നജീമനാണെന്നുള്ള തെളികൂടലി ഇതിൽ ഉൾ ചേര അതി അല്ലെങ്കിലോ അച്ഛനായ കുജുമാണോ എന്ന് പറയുമ്പോൾ അവർ അത്ര ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവള് കുറ്റക്കാരൻ ലജാത്തിന്റെ കയ്യിലാണെന്ന് പറയും അപ്പൊ എന്ന് പോണം എന്താകാതെ അവർ കഴിഞ്ഞ കൊണ്ടപ്പറ്റി ബലഹത്തിലാക്കാൻ നമുക്ക് എടുത്തില്ല ചില എന്തിനൊന്നും ഹുക്കമില്ല ആ ഒരു കാര്യം എന്ത് ചെയ്താലും എന്തിനും ചോദ്യയില്ല എന്ത് ചെയ്യാതെ അസരൻ ഓരോ തരത്തിലുള്ള കുറിക്കാൻ ലാസീയൻ അസായത് പോലുള്ളത് അസുരീയായി ആണല്ലോ അങ്ങനത്തെ ഇല്ല ഒരാളം നോമ്പ് ഇതൊക്കെ കൊണ്ട് പുറത്തുമാണല്ലോ അതുമില്ല ലാ എപ്പുമാണെന്ന് മൊത്തം തീർച്ചയായും ആ വരമ്മ കാലത്ത് ആരിപ്പത്തൊന്നായി തരാം ഇനി ഇവിടെ പറയാൻ പോകും നിങ്ങൾ പറഞ്ഞല്ലോ അന്നാലും ആധിപത്യം ആധിപത്യങ്ങൾ ഉണ്ടല്ലോ ഏത് ആധിപത്യം ഉദ്ദേശിക്കുന്നു ആധിപത്യ പല വകുപ്പുകളും ഉണ്ട് രാത്തില്ലാത്ത അറിയലാണോ അത് നടത്താൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ട് അത് മുഖണ്ഡത്തിന്റെ കൽപ്പണി കൊള്ളുന്നില്ല എന്നാണ് അരിപ്പുറത്തേക്ക് കൂട്ടിക്കാം ഇല്ല വേറെ അന്നുണ്ട് ലോകമട്ടത്തിൽ മതിയോ അത് പോരാൻ തന്നെ ഇവിടെ അന്നുണ്ട് ഒരു പ്രശ്നുണ്ട് ആര് എങ്ങനെ എന്തല്ല അത് നടപ്പൂല അത് അന്നലപ്പുണ്ട് രാത്തിനെപ്പറ്റി തന്നെന്താണ് വിസ്തരിച്ച് അത് നടത്തുന്ന കാര്യമല്ല അത് കുറെ ആലോചിച്ചും പോയി അതും വേണ്ട ജവലത്തും ആദ്യ പത്തുന്നതിനെപ്പറ്റിയുള്ള ആദ്യ പറ്റിയിരുന്നതായപ്പോൾ ാണ് ഒന്ന കാര്യം അറിയുന്ന തൊട്ടി ബാറത്താണ് അപ്പൊ നാല് പതെണ്ണം വാജിബ് ഇരുപതാ നോക്കുമ്പോൾ മുത്തഹീൻ ഇരുപതും ഒന്നാമല്ല എന്നല്ലാതെല്ലാം അറിയപ്പെട്ടു ഹത്തേക്കത്തിൽ അറിയത്തി പ്രശുദ്ധമായ ആട്ടീക്കത്തിനെ പറ്റി അറിയാൻ എന്നതല്ലാതെ അല്ല എന്നല്ല നെറ്റീക്കണ്ട അറിയാണ്ട് ഇനി അതിന് എൽക്കാതി കാര്യം അത് മുഴുക്കിലല്ലാത്തത് കൊണ്ട് മുഴുക്കിലല്ലാത്ത കാര്യങ്ങൾ പിന്നെ വീടിയിലല്ല മുൻകിലല്ല മുറുക്കിലല്ല എന്ന കാരണത്തിന് വേണ്ടി കഥകളും ഇത് ആണിന്റെ തകലീഫിന് നമ്മളോട് തെക്കലീഫും ഇല്ല ഒരു മറ്റൊരു കാരണം അതേപോലെ ആ പിന്നലീകന്റെ വാരിപ്പെട്ടിട്ടുണ്ടല്ലോ ആ മാറിപ്പെട്ടുകൊണ്ട് ഇപ്പൊ മരുന്നറിഞ്ഞ് എന്ത് മേക്കാന്ന് ഇന്നത്തിന് മേലെ മാരി കത്തിക്കൊള്ളു എന്തുകൊണ്ട് അന്നാറിന്റെ അതേപെട്ടുന്ന തറയിൽ മുൻകിന് അല്ല മിനാത്തത് ഇല്ല മുൻകല്ല എന്നതാണ് ഇല്ലത്തിൽ നമുക്കിനല്ലാത്ത കാര്യം തക്ലീഫ് ഉണ്ടാവില്ല അങ്ങനെയാണ് തക്കലീഫ് ഇല്ലാതെ നോക്കിയിലാ തിരിച്ചു പറയുന്നതല്ല അവരും ആവുന്നില്ല തക്ലീഫില്ലാത്തതിനുള്ള നമുക്ക് അല്ലാതെ രൂപ കാര്യമല്ല തക്കലീഫില്ലാത്തത് നിങ്ങൾ കാര്യം നൂറു വെച്ചിരിക്കണം തക്കലീഫ് ആക്കിന് വെക്കാം തലീക്കൊള്ളോന്നല്ലോ തന്നീഫിറ്റല്ല അപ്പൊ ഇന്നമാരെ അകല ഇന്നത്ത അസമിധാനോ നോക്കറ് ബിമാൻമുറാദി ബിമാല്ല മുറാദെന്താണ് നോക്കറ പറയുന്നു അയാതെ അതിന്റെ മുറാദ് اي يراد بكم لا يزالوا هذا ما يذم به حق دينا ها اي اذاه ما يتقى الله ان ولد ورا به اذاه فذا حيث رجل يعرف الواجب ان واجب يريدا فالواجب الله حتى ادوار من وقال ما هذا واجب متى يريدا ഉൾപ്പെടെ അറിയുക അതെല്ലാം അപ്പു ഞായരി മൂന്നാരിയാക്കിയില്ല അത് അമ്മത്തോക്കി റിയുള്ളൂ നമുക്കെന്നപിന്നാദിമേലേ ഉള്ളൂ ആ ദാസുമായി ബന്ധപ്പെട്ട വാഡിനെ ഗുസ്തീനെ ജാസായ മൊത്തത്തിൽ അറിയുക എന്നുള്ളു വന്നത് അപ്പോൾ ആ ആദിപാദ കണ്ടവരേയിൽ പോയവൻ തൻ സമാമിന്നൊബ്ബു യാ റബ്ബൽ മാജിദാകുറു തൻറെല്ല ആ മാജിഫകാരൻ ഒതുമന്ദനെ അബൽവാജിതക്കാരൻ മുന്നാ മുബദരി ചെയ്യുന്ന ഒക്കെ അബിലു തുംറുലൊബ്ബ്ബ്ബ് അൻ എന്ന മാക്രമന്ന ഒരു പരിഗതി ആരും മോലാ പോവാകൂദി അഹദീൻ عادته للميت هو دار في مريا جيد نديولا نوري بسم الله ورجوعي انسان لا بل بل يرتقاض مهتوهه ان ذره اثر هو ما ولي جاهال شري لين نمثل تمارينته هو اكلان اكلان هل هذه ممكنه من ناكل ممكنه نوري انا هذاك بداك انا ديول اكلان ممكنا انا فرائع كان ده والله محال هذه باثامين اصل الان من وجه ايثار النبي صلى الله عليه وسلم لا كثير اصل ممكنان غيره فتش والله صحابه كثير اصل صدق الله ان هذا ذات جوز اصل اعذانون بالله عليه ابينا محال واقدر ല്ലോമിന്റെ അസീതണ്ട് ആ ബന്ധി അച്ഛനെയാണ് അതിന് കാരണം പറഞ്ഞത് നമ്മളുടെ ആതിഥ്യങ്ങളല്ലേ ഈ എത്ത അവന്റെ തുടങ്ങി കൊണ്ട് തന്നെ അറിയപ്പെട്ട ഉന്നതമായ പറഞ്ഞതല്ലാത്ത മനുഷ്യന്റെ അതെ കാരണം പറഞ്ഞു യും പറ്റി പറയും വേറൊരു കാര്യം പറ്റി അറിയുന്ന മറ്റൊരു കാര്യം രാഷ്ട്രപെ ആണ് കാർട്ടിന്റെ സിഫാസ് ഉണ്ട് കാട്ടിന്റെ തുരുടെ സിഫാസോ പറ്റിയാണല്ലോ നമ്മളെ കൊല്ലുന്ന ഉദ്ദേശിക്കുന്നു രാജ്യം കാലികളെല്ലാണ്ട് അറിവല്ല ില്ല ദൂരെ യാത്ര ചെയ്ത അമ്മ രാജിബാസിൽ എല്ലാം പതിനൊന്ന് കോഴി പറഞ്ഞിട്ടുണ്ട് നമ്മാതിരി വനന്തം നമ്മുടെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ അമ്മാവ് മഹാനൂപ കാണിയാകുന്നത് കുതിരിക്കുവോ സവാക്കിൻ്റെ തുളച്ചു നേറുന്ന തിച്ചറികൾ അമ്മാവുവിനെതിരാക്കി ചെയ്യും എന്ന് കുതിരിക്കും ആ പതിരീതി അല്ലെങ്കിൽ അമ്മാവിനെ അറിയും ഈ കാലൻ ഈ കാണാ രീതിയിലും എന്ന് നീ മനസ്സിലാക്കിയത് നന്നാൽ ആ ജതിലാണ് ആ വികാരം അവല്ലകൂ നൂ അഹാതഹു ബീഹത്തുഹാ അവഹൽ തഖാമതു ബിഹി ലൗദാഹു ഹാനാ അതെ അവല്ലകൂജല്ലെങ്കിൽ അഹീറുൽ അഹാതഹു അല്ലാഹു റീഹാസു സൈദു എന്ന് വിചാരിക്കരുത് ഒരു രാത്രിപ്പെട്ടി മോൻ മദീനകൂടി അറിയിാണല്ലോ ഹാത എന്ന് അറിയി ബീഹത്തുഹാ എന്ന് അതിരിലെ ആ ബീഹതതായി കണ്ടുപിടിക്കാൻല്ല ആ തെരിഞ്ഞല്ല വാ ബീഹത്തുൻ ഒരു أكلنا ونو الليل لنبدأ يبعنوا. إنه مضيحة ونورنا لنظروا إلا لك أنت فرصدوا من تجدنا مضيحة. فكروا من الرسلانة تراكب الفكر. آيات للليل عنده ونور. تراكب الفكر ونور. أكله. أوهل أقامت اللي يأخرج النرطيط الدوء. لذي الله هناك قل ببرهاناً ونور برهاني ميّد. ലൌലാഹു അന്നാഹുക്കാലാവ് പറഞ്ഞുതന്നെ പത്തിന് ഒരു അതല്ലാത്ത വേറെ രീതിയിൽ കൂടിയിട്ട് വേറെങ്കിലും ബുർഹാനുകൾ അച്ഛനും നിർത്തിയിട്ടുണ്ടോ ഇവിടെയായിരുന്നു അല്ലാണ്ട് ലൌലാഹുവിന്റെ പറഞ്ഞപ്പുറം പറഞ്ഞിട്ട് അന്നയില്ലാ അന്നാവ് അറിയിച്ചില്ലായിരുന്നെങ്കിൽ അന്നാലെ അറിയാൻ കഴിയുമില്ലാന്നപ്പുറം പറഞ്ഞിട്ട് വേറെ ദരീരമുണ്ടെന്ന് അന്നാലെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിങ്ങനെ പറഞ്ഞാൽ അന്ന ബോർ ചെറിയ പ്രശ്നമെന്നല്ലാന്ന് അതേ കുട്ടിന്റെ ഒന്നുമില്ല വംശം അല്ലാഹു ആനമു കഥ പതിഹീ അവര് എല്ലും വാക്കിലും അള്ളാഹുവിന്റെ ചെയ്യുന്ന പൊട്ട് അള്ളാഹുവിന്റെ കതിൽ ആലമാണ് ആനമു കതിൽ എന്ന് പറഞ്ഞാൽ അവന്റെ കതിൽ ആലമായിരിക്കുന്നതല്ലേ അത് പായുന്നതോട്ട് മഹബര തമീസ് എന്നറിയുന്നു അള്ളാഹു അലമും കതുറാൻ അഹസനുംഹൻ മുഖത്താൽ പോലീസ് ഹസനായവൻ എന്ന് പറഞ്ഞാൽ വധിഹും ഹസൻകല്ല പായനത്തോട് അതായത് ഈ തമീറ്റിനെ കുറിച്ച് പാഴിലാക്കിയു അള്ളാഹു കദുരവും അലമു നട്ടങ്ങൻ തന്നെ തമീതിന്റെ ഒരു ഐ അവരെ തന്റെ എല്ലും അക്കിലും ചുറ്റു അറിയില്ല അതുപോലെ കല്ബിന്റെ കണ്ടോട് ചെന്നാണല്ലോ റബിയുന്ന് പറയുന്നത് റഹാക്ക് മൂന്ന് മൂന്നു തരം അല്ല റഹാ റഫ് റഹാ റു അല്ലാഹന്റെ സുൽത്താൻ സുൽത്താനാൻ അവൻ ഉന്നതനായിരിക്കുന്നു അവൻ തിരികില്ല എന്ന് പറയുന്ന പറയുന്നു ആദി ഇലാന്റെ എത്തിക്കാതി പറയും കസ്തു അമലി എന്ന അമലിൽ ഞാൻ ഉപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അൽ അല്ലാഹ് ഓഫീസും കൂടുതൽ അമൽ ചെയ്യാനും കൂടുതൽ മപ്പുറത്ത് വെച്ചാനും ഞാൻ ഓഫീസിനെ മറ്റും ചോദിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ിയത്തിന് അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല അതൊരു ചില കോട്ടകൾ വരാം ഇതൊരു കോട്ടയം കണ്ടാക്കാനില്ല പിന്നെ മഹജൂബ് എന്ന് പറയാൻ പാടില്ല മൊഹത്തജിബ് വേറെ മഹജൂബ് വേറെ മഹജൂബ് വന്നാലെ പറ്റി പറയാൻ പാടില്ല എന്നാണ് മൊഹത്തജിബ് എന്ന് പറയാം എന്നുവെച്ചാൽ നിജാബ് വേറൊരാൾക്കുണ്ട് അക്കാലത്താൻ അമ്മാ പോനത്ത മൊത്ത ജീവെന്ന് പറയാം അമ്മാനെ വേറൊരാളെ ഇതാ വിടലി അപ്പൊ ഇന്ന വന്നാലെ വർത്തായി ആ മഹജൂബ് എന്ന് പറയാനും പാടില്ല അപ്പൊ അന്ന മോചിക്കേണ്ടത് ആ ഇപ്പൊ ആ ചോയിന്റെ മോളിലൊരു മറവണ്ടപ്പം ഇട്ടുക ചൂവ് കണ്ണുണ്ടാക്കില്ല ആർന്നും അല്ലെങ്കിൽ മഹജൂബാകില്ല അത് അമ്മാക്ക് പോയാൻ പറ്റില്ല നോക്കുന്നവളെ വണ്ടത്തി കൂടെ കണ്ണുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോ കാണില്ല ഇതെന്താ പറയാ മൊനത്ത ജീവൻ നമ്മൾ തമ്മിൽ വിശ്വാസം ഉണ്ട് ആ ഒന്ന് ചായസാണ് ഒന്ന് ചായജല്ലാത്ത രണ്ടും രണ്ടു പത്താണ് തമ ഘട്ട ജനാജിന്റെ അവസാർ അവസാരുകളെ തൊട്ട് ഹിറ്റ് ജാവിതാണല്ലോ ഉള്ളത് ഏത് നാജരായ ജീവന്റെ അവസാർ എന്ന് പറയുന്നത് ഈ അവസാനം ഒക്കെ തന്നാൽ മഹ്സജി അതുപോലെ തന്നെ മസൂരത്തിനെപ്പ് തൊന്നുണ്ട് മഹ്സജി ബാന്നോട് ജീവ ഒന്നും കാണാൻ കഴിഞ്ഞത് മഹസൂസാതെ എതിരാക്ക് ചെയ്യാനുള്ള കണ്ണാർ കൊണ്ട് ഇതിരാക്കിന്റെ ഒരു ബുദ്ധിമുട്ടാവില്ല പക്ഷെ ബസ്റത്തിലെന്തുണ്ട് മാനവീയത എതിരാക്കൾ ചെയ്യാനുള്ള കൈവായിട്ടുണ്ട് വസ്ത്രീത്തിനുണ്ട് അതുകൊണ്ട് രാത്രിമായി ബന്ധപ്പെട്ട ചില ഒഴിവ് നിദ്രാഖി ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതായി വസ്ത്രം വസീർ തമ്മിൽ വ്യത്യാസം രണ്ടും പട്ടയത്തിലല്ല ഈ കണ്ണുകൊണ്ട് മനുസൂസാത്തിന് എതിരാക്കല്ലാണ് മാനവീയത എതിരാക്കൂട്ടില്ലല്ലോ വസ്ത്രീറത്തോണ്ടൊന്നുണ്ടായിത്തീരും മാനവീയത്തിന് എതിരാക്കുണ്ടാവും മാനവീയത്തിനെതിരാൾക്ക് ഉണ്ടാകുന്ന സാപ്പുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അറിവ് മാത്രം എതിരാക്ക് ചെയ്തിട്ട് അതിനൊണ്ട് വെച്ചാൽ അങ്ങനെ വ്യത്യാസം അതാണ് ചെയ്യും എന്ന് പറയുന്നതിന് വേണ്ടി ഇവിടെ എന്താക്കി അബ്സാരണത്വത്തെ തന്നെ ബസാ എന്നത്വം എന്ന് ക്ഷിട്ടാ പറഞ്ഞു പറയും അബസാരണത്വത്തെ ഹിജാബാണെങ്കിലും ബസായ നിന്ന് വെളിവായവരുമോ എന്ന് പറഞ്ഞു ഈ ഹിജാബിന്റെ മായന എന്താണ് അച്ചയ്ക്കത്തൊരു ദാത്വം ഹെറ്റയ്ക്ക് വാട് ബസാറിന്റെ വഴി വാകുമെന്ന് പറഞ്ഞ ഏതാണ് അബസാറുകൾക്ക് മാനവീകത്ത് കിട്ടൂല ബസാരുകൾക്ക് മാനവീയ ഉയർന്ന് കിട്ടുന്നത് കൊണ്ട് അമ്മാനപ്പറ്റി ചുറ്റിപ്പറ്റിയെന്ന് പറയുന്ന ഒഴുകണിങ്ങനെ കിട്ടും എന്ന നിലക്കാണ് എന്ന് പറഞ്ഞതിന്റെ വായന ഇന്നൽ മല എല്ലാ മല ഉല്ലാല ഉന്നതന്മാരാനെ മല ഐക്കെത്തുകളും മേലേക്കഥയിലുള്ള മലയക്കത്തുണ്ടല്ലോ മലയക്കത്തിന് പല തട്ടുണ്ട് അവര് എത്ര ഭൂതവും അന്നാ നീം തേടുന്നുണ്ട് കമാതഭൂതവും നിങ്ങൾ എവിടെ വെച്ച് കഴിയാതെ ഓടി പിടിക്കുന്നു അതുപോലെ തന്നെ ഓരോ ആരോ ആ വിഷയത്തിൽ പക്ഷെ ഒഴിവും വിജയിക്കാത്തുണ്ട് അതിവിടെയുള്ള ആരോഗ്യങ്ങൾക്കും വിദ്യാഭ്യാസം ഉണ്ടല്ല ാണ് നിങ്ങൾ തപക്കൽ ചെയ്യേണ്ടത് വരാ തപക്കറോ ബിൽഹാൽത്തെ ഹാലിക്കൻ്റെ ഹട്ട് തപ്പക്കൽ ചെയ്യാൻ പാടില്ല ഓടിയ സൂര് കൽ കണ്ടിപ്പോഴേ സുബിയിൽ തിക്കിറത്തു കാരണം ഹാലിക്കാൻ മാത്ര പിച്ചിടത്ത് കളിക്കാത്ത കഴിഞ്ഞില്ല നമുക്കൊരു സാധിക്കാണ്ട് ചോദിച്ചു വായിക്കുറവോട് ചോദിക്കപ്പെട്ടു നിമ അറക്കറബക്കാ നിങ്ങളെ റബ്ബിനെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് കാലം പറഞ്ഞേ അറത്തുറബി റബ്ബി എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞത് എന്റെ റബ്ബു കാരെ തന്നെ وَلَئِنْ رَبِّي مَا رَبِّي إِنَّ رَبِّي اللَّهُ وَلَكِنَّ رَبِّي أَرْجُو دَاعِيَهُ وَمَنْ أَرْجُو دَاعِيَهُ رَبِّي أَرْجُو دَاعِيَهُ فَكُنَّ لَهُ أَبَا وَرَأَوْهُ يُؤَذِيكَ فَقَالَ يَتَنَطَّى لِمَتَرٍ أَيُذِيكَهُ إِذْرَاكَ ذَاعِيَ مَا نَوَيْتَ بِهِ إِذْرَاكَ بِتَمُرُ جَرْسَ بُغُرُ وَقَالَ أَفَأَنْتَ تُرْضُونَ أَلَجِدُ أَهْلَ لِبْرَاصٍ إِذْرَاكِنَ تَطْي അശക്തമാണ് എന്നുള്ളൊരറിവുണ്ടല്ലോ ഒരു തിരിച്ചറിവ് അത് ഒരു തന്നെ ഗുജറാത്ത് ആകുന്നു ഗുജറാത്ത് തന്നെ സാധിക്കൂല എന്നുള്ള അറിവാണ് അവിടെ ഗുജറാത്തിനദി പാലി ബുള്ള ചോദിക്കപ്പെട്ട് ഭീമ അറസ്ക്കറമ്പാന്ന് ചോദിച്ചപ്പോൾ പ്രധാന അറപ്പുഹൂ ഭിമ അറുപതി ഞാൻ അമ്മാവിൽ അതെങ്ങനെയാണ് റെഡിമ ഒന്നുകൊണ്ടാണ് അമ്മാവിന്റെ നശ്സിന് അമ്മാവ് കാലം തന്നെ ബോജപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയല്ലാതുള്ളത് അത് ഉപയോഗിയാണ് അപ്പൊ അതിന്റെ അതിന്റെ ഭക്തി പറയുന്നത് കണ്ടറിവ് കട്ടറിവ് എഴുതി ഇതാ ഹവാസ് ഈ ഹവാസ് കൊണ്ട് എതിരാകെ ചെയ്യപ്പെടുന്നതല്ല വലായുഭാഗ് എന്തിനോടെ യാത്ര യാത്ര അറിയപ്പെടുന്നുണ്ട് ഇന്നമായി ഉദാഹരണം പതിക്കുന്ന രീതിയിൽ അതിൽ തൊണ്ണെല്ലി അതുമില്ല അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ സൽവിയാസി പാട്ടാണ് വലായുഷ് ബഹുഇബു വിഹുബിന്നാ ജനങ്ങളുമായിട്ടാണ് ജനങ്ങളുദ്ദേശം പടപ്പിടും പടപ്പുകളെ യാതൊരു സാമരസവും ഉണ്ടാകുന്നതല്ല ഇതല്ലേടാ ശരി അവന്റെ ബോധിൽ തന്നെ ഇതറാക്കിനെത്തും അമാ കൊണ്ടും തിയാത്തുകൊണ്ടും സമാനത്തു കൊണ്ടും അവൻ തൈഡായി അതിന്റെ ആ നായിപ്പം തന്നെ അവൻ ജോതൻ മസാഫത്തിന്റെ ഇവിടെ കണ്ണൂരിൽ എവിടെയെക്കാണ് കണ്ണൂരിനെ കാണാ മഹീതാണേക്കൂട് അയത് പോയത് മസാഫത്തിന്റെ ആ വഴുതല്ല ഇവിടെ ദേശിക്കുന്നു ഹകാത്തുകൾ ബിജറാറ്റ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അതിനെപ്പറ്റി ദരീബ് എന്ന് പറയുന്നുണ്ട് വിതരാത്ത് ചെയ്യാൻ ഈ മഹീദെന്ന് പറയുന്നുണ്ട് ഈ അടുത്തു അപ്പൊ ഹകാത്തകം ബിദ്രാസം സാധിക്കൂല ഒരാഴ്ച ദിവസം ഈ ഹാസ് പിന്നാൽ എന്ന് പറഞ്ഞ ദുരന്തം നമുക്ക് നമ്മളെ ഇതാക്കി കുറവില്ലാന്നല്ലേ ആ ബുറവ് ഉള്ളതോടൊപ്പം തന്നെ നല്ല വലിയ കുറവുണ്ട് അതീപാണ് അതൊരു ആറ്റാണത് സദ്യാധിപത്യല്ല കുറവുണ്ട് എന്നുള്ളത് ഏറ്റാണുണ്ടോ കുത്തിയാൽപ്പെട്ടാണത് കുറവ് എന്നുള്ളത് നിരവധി ആധിപത്തല്ല വെറുതെ മുഹോറ് മുഹോറ് കുത്തുകൾക്ക് പറയുകയാണെങ്കിൽ കുബുറ്റിയാധിപത്താണ് സൽ അല്ല അതിനേ തിരിച്ചു പറഞ്ഞ് ഈ പറയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം തന്നെ വാചനത്തിൽ ഇതാക്കിട്ട് പറയുകയാണോ ഇപ്പൊ പറ എല്ലാ ഷൈൻറെയും പൗക്കിലാണ് അവയാറുണ്ട് അതെ എല്ലാ പൗക്കിലാണെന്നു സാധനങ്ങളൊക്കെ തരത്തിലുണ്ടാവില്ല അപ്പൊ ഈ പൗക്കം തെല്ലാം മക്കാനി ന്യായ പൗക്കും തരത്തിലും അല്ല ഉദ്ദേശിക്കുന്നതും അർത്ഥം അപ്പൊ തന്നെ പറയാനും പാടില്ല സഹസങ്ങൾ വേറൊണ്ടോ ചെയ്യുന്നുണ്ട് എന്ന് ഒരു സാധനം പൗക്കിനാക്കുമ്പോൾ നരൂരിയായിട്ട് വരുള്ളൂ എന്റെ ചാറ്റിൽ തഹത്തിലുണ്ട് ആ സഹത്വം അവർ ഉദ്ദേശിക്കുന്നു അമാമുണ്ട് ചെയ്യൽ എല്ലാ ചെയ്യുന്ന അമാമിൽ പോലുണ്ട് എല്ലാത്തിനും മുമ്പിലാണ് അമാഹവും പറയുന്നത് അതിന്റെ അർത്ഥം വരാൻ പഴമ അമാ അതിന്റെ മുമ്പിൽ മറ്റു ചെയ്യുന്നുണ്ട് എന്ന് പറയാനും പാടില്ല ചെറുപ്പത്തിൽ മക്കാലത്തൊട്ട് മാസ്റ്റർ ഹാള് யொரு பேக்கும் சிறியே எல்லாம் வசூலவும் தூதுரிலா சயின் மத்துல்ல வசூக்குண்டது போல லபீ சயின் மத்துரு வசூல ஒரு şey உண்டானது போலல்ல தீக்குல்ல şey இவனுது அப்படின வகையா 그죠 தரப்புல இருக்கണ്ടல்ல அது போலல்ல சயின் فيه şeyin என்பது போானது எல்லாம் தசுப ஹால் மந்து வக்கத إِنَّا عَلَى النَّوَالِنَّ رُّبُوَانِعَيْهِ هذا هو نظره، صديبه، عمام كل شيء آيه، فوق كل شيء آيه، في كل شيء آيه، أرانا خرقه باع. هذا هو الأمر الذي يتبع بيه. عَنَّلِيُنَّ مَنِبْرِشُدَّنَ آدِيُنْهُمْ هاً تصبيرون دادين. وَلَا هَاكَمَا أَهْدُ الْزِبَاهُ عَبَدَتْ فَالَوَارُدُ مَصْتُومِ اللَّهُمْ ما قلت بيه من ش ഇസ്ബാസ് ചെയ്യപ്പെട്ട കുറെ പറഞ്ഞില്ലേ സാർ ആയിട്ട് അതിലും പറയുന്നു മന്നുഹ കഥ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നിന്ന് സുഭാഹിതവും നമ്മൾ കണ്ടില്ലേപ്പുബാനറമ്പിൽ മന്മു കഥ നിന്ന് നമ്മുടെ കഥ നീക്കുന്നു അകമെന്നും മേൽപ്രയപ്പെട്ടതുപോലെ انر تتتو امامه كل شيء في كل شيء ان موان رت متجدد ا اتباع تمام ا برغار ما انങ്കിലും அது تردீடு உண்டுនិយាយರೋ ವಾಕ್ ಕೋರಾನೇ ಇದೆ ಬಾಯಾತು ಕುಂಬಿತ್ತಿ ಕೈದ ಗಡಲೆ ಬಾಯಾತು ಕುಂಬಿತ್ತಿ ಫಾಯಿ ವಲ್ ಯದು ಫೈರಂ ಫಿರಾಯಿ ಯದುಲ್ ಅಲಿಯಲ್ ಅಲಾಯಿ ಕುದಸಾ ಕುದಸಾ ಲಿಯ ಅರಿ الاصಫಾತಿ لقد قلت لك بيئتكون إنما شايخ المعراضي هو نجمع بيئت سيد بيسي قائم ناتاكوي سيدو جيس ورام والجدو يبيئت سيد لكيئن دلو غيرام شرائي ورسامسيهم برداء سامسيم الله درئيه يدو العليا لعلاه علاء الرباء والعلاه اللهم تعالى اللهم تعالى لكيئن وآيش سيئن رجل <سؤال> الله <التصفيق> فوقائرهم لكيشارك إن الذين <سؤال> يبايحونك إنما يبايحون الله അപ്പൊ അപ്പൊ പാർട്ടിൽ എന്തോന്ന് പൈസ പെയ്യൂത്താക്കി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ കൊടുക്കല് ആലിസി അമ്മയാണ് നടത്തുമ്പോൾ ചോദിച്ചുണ്ടാവും അവന്റെ സൃഷ്ടികളെത്തിന്റെ മേൽ ഒന്നാമത്താല് മജാസിയ ഭക്തരാണ് അവന്റെ നൂറിൽ നിന്ന് തുടങ്ങി പമൻസ് ആർക്കെങ്കിലും ആ നൂറിൽ നിന്നൊരു അംശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അത് പുതിയ അവൻ ഇനാത്തിലാക്കപ്പെട്ടു ഇതൊക്കെ ഒരു മജാസിയ ഭക്തരാണ് ഞാനിങ്ങനെ മുച്ചിട്ടിങ്ങനെ കൊടയിൽ നടത്തുകയല്ല എന്നാൽ നിർമ്മത്തോട് ഉദ്ദേശിക്കുന്നു കുതിക്കാൻ നമുക്ക് നിർമ്മത്ത് പറയുമ്പോ പക്ഷെ നരാനത്തിന്റെ ഒന്നും ഒരു അറിവുമില്ലാത്ത ഒന്നിനെ പറ്റി ഒരു അറിവുമില്ലാത്ത ഒരു നിർമ്മാത്രം ഉണ്ടാവില്ലല്ലോ ആ നിർമ്മാത അഴിച്ചാൽ ഒന്ന് മനസ്സിലാക്കുന്നു ഒമൻ നഷ്ടിക്കറങ്ങോ താഴ്ച ആ കൊടയിൽപ്പെട്ട നൂറുണ്ടല്ലോ ആ നൂറിൽ നിന്നൊരാൾക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ നല്ല അവൻ ഇതാകുന്നു ഐ ചുരുക്കത്തിൽ പമാലിപ്പത്തുള്ളവധി റബ്ബഹു ഒരബുദ് റബ്ബിനെ അറിയൽ എന്നത് നൂറും നിന്നാവിട്ട അന്നാലിൽ നിന്നുള്ളൊരു നൂറ് തന്നെയാണ് ആ നൂറിനെ അന്നാവിട്ടാൽ എട്ടുകൊടുക്കുകയാണ് ഈ കൽ അബുദിന്റെ കൽവിനി അതാണ് ഏത് നേരത്തെ റച്ച അലിഹിൻ ഒക്കെ പറയുന്നു ആന അതിനു ദുരിതത്തിനായിട്ടുണ്ട് പുറത്തൊളപ്പെടുത്തുന്നു അതെന്താ ഒരു തരത്തിലുള്ള അറിവും ഒരു ഒരു വിവേചനവും ഇല്ലാത്ത രീതിയിലുള്ള തനിച്ച് ജഹിലാണല്ലോ എല്ലാവരും നിങ്ങളെക്കും പിൻപു മാറ്റിയിട്ടുണ്ട് ആ കാലം കൂടെ ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്നിട്ടാമത്തെ നൂറിന്റെ വിതരണത്തിന്റെ തൊട്ടി ഭാഗത്താണ് ഏത് റച്ച പുറത്തിറക്കി അറിവിന്റെ ഓരോ നൂറാണിങ്ങനെ കൊടുക്കുക എനിക്കിന് മുമ്പിൽ തന്നെ മാത്രം അപ്പൊ പ്രകടനം ജഡ്ജിയ ചേച്ചല്ലേ വരുന്നുണ്ട് പക്ഷേ അതിന് മുമ്പിൽ ഉണ്ടെന്നാ പറയുന്നത് അലത്ത് റബ്ബിക്കേണ്ട കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് അരത്ത് കുറപ്പിച്ച് ചോദിച്ച കാലത്ത് തന്നെ ഇന്റെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ റബ്ബൻ ലേൺ അതിനെന്താക്കി ഞാൻ ആരും ചോദിച്ചില്ല ആരും ചോദിച്ചാൽ അവര് കൈവാചോ എന്താ ഉത്തരം വരണ്ടി വന്നു അതിനെന്താക്കി ഉത്തരം സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ റബ്ബൻ ലേൺ ആണോ അത് ആടുകളിലെ ഉത്തരം സൂചിപ്പിച്ചുണ്ടിട്ട് ഒടുവിന്റെ പുറമെ ആരെല്ലാം തന്നെ കൂട്ടികൊള്ളിക്കോദ്യ പേപ്പറിൽ ഉണ്ടോ ഇല്ലയോ ഉണ്ട് എന്നാണ് വരുന്നതെങ്കിൽ അപ്പൊ ഒന്നൂന്ന് സ്ഥലം തന്നെ ആക്സിൽ വന്നിട്ടുണ്ടല്ലോ ഉത്തരം ചോദ്യത്തിന് സൂചന തന്നെ വരൂ ഉണ്ട് എന്നാണ് വരതെങ്കിൽ എന്തായിരിക്കും അപ്പൊ ഉണ്ട് ഞാൻ വരേണ്ടതാ ഇതിൽ അനത്ത് തുറപ്പിച്ച് ഞാൻ റബ്ബെല്ലാം ഉണ്ടാക്കി റിമൂവ് ചെയ്തിട്ടുണ്ട് എക്സ്പോർന്നിട്ടുണ്ട് അത് ചെറുപ്പിക്കേണ്ട ഇത്തരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ അപ്പൊ ഇത്തരം ലോൺ കളിക്കുന്ന ആ കണ്ണത്തിൽ ജാതി ലോറുണ്ട് അത്ര ഇല്ലാത്ത എല്ലാം ഈ അരിപദ്ധിയില്ല എത്ര ആഗ്രഹം ഇല്ലാന്ന് പറയുന്നത് എത്ര വലിയ വേറെ ഡോക്ടറില്ലാത്തണ്ട് അക്കലുണ്ട് ഭൗതികമായിട്ടല്ല കണ്ടുപിടിക്കാനുള്ള അക്കലുണ്ട് ഒരു അക്കലുണ്ടാവില്ല ഒരു വിഷയത്തിൽ ഒരാൾക്ക് അക്കാര് വളരെ ഇതുണ്ട് വലിയ ഡോക്ടറോ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ മെഡിക്കൽ സയൻസോ രോഗ സംബന്ധമോ എന്തോ പറഞ്ഞു അതിന്റെ അതിന്റെ ഉള്ളിലുള്ള ക്യൂര് ഒത്തു പറഞ്ഞുതരാം അതേ തരത്തിൽ പ്രളയം വെളുക്കുന്ന ഒരു ലേണി കണ്ടു കൊടുത്തൊരാൾക്ക് എങ്ങനെയാന്ന് അതിനൊരു ബുദ്ധിമുട്ട് കൊടുത്തിട്ടില്ല ഇനിയും പെടിച്ചിങ്ങനെ കാണിക്കാതെ എനിക്കതിനൊരു ബുദ്ധിമില്ല അപ്പൊ പിളയം വരച്ച് ജേണിയരാന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ അയാൾക്ക് മെഡിക്കൽ സയൻസിന് കമ്പനി പറഞ്ഞാൽ തയ്യാറുള്ളത് അപ്പൊ അയാൾ ആക്രമണത്തി അപ്പൊ എഞ്ചിനീയർ അക്കലും വേറെയാണ് ഡോക്ടറെ അക്കലും വേറെയാണ് രണ്ടും രണ്ട് ഫീൽഡിലാ ബസ് ചെയ്യുന്നു കിട്ടാബിന്റെ ഇബാറത്തുകളും നെക്കനും ഒക്കെ തട്ടിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതേ തരത്തിൽ കിട്ടാബർ വെച്ച വായിച്ചു കിട്ടുന്നില്ല എല്ലാ കണ്ണൂർ വേണ്ടി പറഞ്ഞത് ആ കുറാനിന്റെ നൂറ് കിട്ടുന്നുണ്ട് കൽപ്പനയൊക്കെയാണ് ആ ഖുർആാൻ പെണ്ണുണ്ടല്ലോ അപ്പൊ സലഹന്മാവ് ഇസ്ലാമി ബഹുബാല നൂറിൻ്റെ ഇസ്ലാമിലേക്ക് ഒരാള അള്ളാഹ് കൽപരി വിശാലമാക്കി കൊടുത്താൽ റബ്ബിന്റെ വക്കലിൽ തുടങ്ങുന്ന ഒരു നൂറുമ്പാണ് ഉണക്കുന്നത് അപ്പൊ പിന്നോടിയാണ് റബ്ബിന്റെ ആദർത്തിലേക്ക് അതിന് വിട്ടുതായി തുടങ്ങിയത് അതിൽ എന്തിന്റെ അർജിന്റെ അൽബുതം ഇങ്ങോട്ട് മതിക്കുന്നു അതിർത്തും അർജുന്റെ കൽബുന്ദൂറിന് രണ്ട് കണക്ഷൻ ഇട്രോ ഇന്ത്യ ഹൗസ് ഞാൻ എഴുതിയിരിക്കുന്നു ഇത് ആഴിക്ക അപ്പൊ ആ നൂറ് മുഖേന അള്ളാഹുദിന്റെ വാഴക്കൂസ് അസറാറുകൾ എല്ലാരും സലാമിന്റെ സീനെ കേൾക്കുന്നു അസറപ്പാറായെന്ന് പറയുമ്പോ പ്രതികരിച്ചതാണ് മലക്കൂത്ത് അതിന്റെ കൈബാണ് അവൻ മുഷാഹര ചെയ്യുകയും ചെയ്യും മലക്കൂത്ത് മലക്കൂത്തിന്റെ കൈബിന് അപ്പൊ സുഹൂദിന്റെ രണ്ട് പടിയാണ് കൊണ്ട് പോയത് മുൽക്കിന്റെ മുൾക്കിന്റെ അസുറിൽ കൂടി പോകുന്ന അടുത്തേക്ക് മരക്കൂത്തിയായ റൈവിലേക്ക് അടക്കാൻ വയ്യായത് സിപാത്ത സിപാസിഹീനായിട്ടുണ്ട് അന്നാറുപന്റെ അനുഭുന്ദ് ചുമക്കപ്പെട്ടതല്ല താഴെത്തിനുണ്ടോ അല്ലെ ആ അന്നാറുപന്റെ സിപാസികളെ അവൻ മുഴാഹല ചെയ്യുകയും ചെയ്യുന്നു സിപാതെ എണ്ണിപ്പറയല്ലേട്ടാ പൊതുവത്തെ ഹോട്ടലിന്റെ കടിയെന്നും പോലെ ഇന്നെല്ലാം മുന്നാലും അറിവറി അതെല്ലാം ഇവിടെ മുരാഹളം ഉദ്ദേശിക്കുന്നു പുതറത്തെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മുതാലാത്തുകൾ എന്ത് പുതുറത്തിന്റെ ആവെന്താണ് ഇവന് അതിനുമായുള്ള എന്താണ് ഇതെല്ലാം തിരിച്ചാണ് അതിന്റെ മുരാഹളം എന്ന് പറയുള്ളൂ എല്ലാ പുതുറത്ത് ഇതുണ്ട് കുതിരത്തിന്റെ ഇറാകൻ്റെ ഇരുമുണ്ട് തെണ്ണുണ്ട് പത്തനണ്ട് കലാമുണ്ട് അയാൾ തെണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് എണ്ണിപ്പുണ്ട് എന്താ അത് ഡബ്ബേ വന്നിട്ടുള്ളൂ ഇതിന് മുരാഹള സിഫാത്താണ് അവരെ ഭരിക്കുന്നത് അവര് തക്കു വേണ്ടായി കൊടുക്കുന്ന സിപാത്ത് ഏത് തപ്പാമല്ലേ അവന്റെ ഡ്യൂട്ടി അവരുടെ തവക്കിനെ പ്രദാനം ചെയ്യുന്ന സിപ്പാത്തുകൾ ഏത് നല്ല ഏറ്റുമോ വരും അതൊക്കെ പറഞ്ഞു വിശാലമാക്കാനാണ് കണ്ടിട്ടില്ല തുടങ്ങിവെച്ചത് ഇപ്പൊ അവര് ഒരു അറ്റാണിക്ക് നീണ്ട അതിനെ കണ്ട് കളിക്കുകയാണ് എന്താണ് ഇപ്പം വേണ്ട അല്ല എന്താ എന്നെ പറന്നിട്ടില്ല അപ്പൊ ഇതാണ് അറുതാടാണ് ഇത് വിശാലമായ അർത്ഥം വസായിമാർ പറയുന്ന ആ ഒരു തപ്സീലിന്റെ കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസിൽ നന്മാറിനെ കംപ്ലീറ്റ് എടുത്തുവെച്ചുകൊണ്ടിട്ട് പദ്ധതി ആനെ ചിറങ്ങുണ്ടാക്കിയിട്ടുള്ള തസ്തിയിരുന്നു ആ തസ്തിയുടെ പിന്നാലും ഞാൻ തുടങ്ങുമ്പോൾ തന്നെ അത് തിരിയില്ല എന്ന് പറഞ്ഞിട്ട് ചാടിക്കാതിട്ടല്ല ഞാനിപ്പോലില്ല വിശ്വാസിൽ നന്മാർ ഇംഗ്ലീഷിൽ നിന്ന് വിശ്വാസം കണ്ടതാണ് അത് രണ്ടിനെയും ആവശ്യമായ പ്രകാശം നൽകുന്നവൻ അത് ഹിസിയായ പ്രകാശം മുതൽപ്പെട്ട അനവിയായ പ്രകാശം ഉണ്ട് രണ്ടിനെയും കൂടി സാമ്യമാക്കിക്കൊണ്ടാ പറയും ഹിസ്റ്റിയായ പ്രകാശ് ചന്ദ്ര നക്ഷത്രം ചൂലൈറ്റ് ബൾബ് ഇതല്ലേത ഹിസിയായ പ്രകാശങ്ങളാണ് മനവിയായ പ്രകാശ ഇതായിരത്തി നൂറ് നായിരത്തി അങ്ങനെ പോകുന്നു അത് വളരെ സമീത് ഒരു മനവിയായ ബാധാശാണ് സമീത് ലഭിച്ചാൽ അക്കലാകരുണ്ട് അക്കലിന്റെ ഇൽമിന്റെ മൊത്തത്തിലുള്ള ഇൽമിന്റെ എതിരാപ്പ് കൊടുത്തു ഇൽമിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അള്ളാഹുമായിട്ടുള്ള മാമലാത്തിന്റെ ഇൽമൊടുക്കൽ ആയ കാര്യമുണ്ടല്ലോ അത് കൊടുക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ മാമലാത്തിന്റെ കസൂപ്പും പൊട്ടി കസവ അഹു അറിയാൻ വേണ്ടിയിട്ട് കൽമിനെ തയ്യാറാക്കാൻ വേണ്ടി ഉള്ളതല്ലോ അതും പൊട്ടു മാമലയിൽ അതിൽ കൂടി അള്ളാഹുവിനെ അറിയാം അവന്റെ മാലിപ്പത്തിന്റെ മുക്കാത്ത വേണ്ടിയുള്ള ആ പ്രത്യേകം അറിവ് കൊടുത്തിനരാൻ ഇൽമിൽ നിന്ന് അഹത്തായ ഇൽമാണല്ലോ അത് മറ്റൊന്നാണ് എന്നുവെച്ചാൽ അവന്റെ മറിയാത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള പാത തെളിയിച്ചതെന്നും അപ്പൊ ചെറകി ആയ പാത എത്ര കല്യാണം സഞ്ചരിക്കേണ്ട പാത ഏതാ ചെറായി തന്നെയാണ് കല്യാണം സഞ്ചരിക്കേണ്ട വേറെ പാടുണ്ട സഞ്ചരിക്കാനുള്ള പാത വേറെ കൊച്ചു പെരിയാളെ സഞ്ചരിക്കാനുള്ള പാത വേറെ ഏതാ പാത രണ്ടു വച്ചു തുമ്മാനാക്കാ ശരീരത്തിന് മിനലമ്പി പത്ത പിന്നു പറഞ്ഞ ശരീരത്തിന്റെ പാത മാട്ടോ ആ ഏറ്റിപ്പാറനുസരിച്ചിട്ട് ഇപ്പൊ തെരൂക്കത്തിന്റെ വാത ആ ശരീരത്തിനെ തന്നെ എന്താക്കി തെരൂക്കത്തിന്റെ രീതിയിലാക്കി ഇത് മറിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്കറി എത്തിപ്പാറ കൊണ്ട് രണ്ട് സാധനം ഒന്നു തന്നെയാണ് പൊന്നും തങ്കും ഒന്നാണോ രണ്ടാണോ അതുകൊണ്ടേ പൊണ്ണിനുണ്ടാകുന്ന ചില കള്ളത്തുകളെ ഒഴിവാക്കി പ്യൂർ ചെയ്ത തങ്കം എന്ന പേരെ വ്യത്യാസം വരും അതേമാതിരി നെത്തിന്റെ കായ് വസ്കുന്ന കരട് പാപല്ലാ ശുദ്ധമാക്കിയത് തങ്കാണത് തെരിപ്പത്തു പറഞ്ഞാൽ അമരി ചെറിയ ചെറിയ അമരിന്ന് പറയുന്നു ശരീരത്തിൽ ചെറിയ വാതെ ചില പങ്കലിനുണ്ടാകാം അത് സാധുക്കളല്ലേ എന്ന് ചെരുമുട്ടി വെച്ച് കേട്ടിട്ടുണ്ടാവും കൂട്ടു സാധുക്കല്ലേ പാവങ്ങള് അങ്ങനെയെങ്കിലും അങ്ങനെയാണ് മതി മനസ്സിലാക്കിയാൽ മതി ശരീരത്തിന്റെ സമാന്തരമായ ഒരു സാധനമാണ് തരീക്കുന്നത് വിചാരിച്ച പക്കത് കഫറ അവിടെ പക്കത് കപ്പറ വരണി ശരീരത്തിന്റെ സമാന്തരം അല്ലാതെ അതൊന്നല്ല ഇതൊന്നുമല്ല വരിക ഇസ്ലാമീന്റെ സമാധാനം ഇസ്ലാമീനും ഇസ്ലാമി ചെറിയൊന്നല്ലേ അപ്പൊ ഇസ്ലാമിനാണ് സമാന്തരമായിട്ട് കൊണ്ടുതന്നെ ഉണ്ടാവും സമാന്തരം എന്താണ് പരസ്യം വർദ്ധിക്കാത്ത അല്ലെണ്ണത്തിന്റെ സമാന്തരം എന്ന് പറഞ്ഞതാ ഒരിക്കലും ബുദ്ധിമുട്ടില്ല യോജിക്കൂല അങ്ങോട്ട് പോകും ഈ അകലം വെച്ചുകൊണ്ടെന്നെ അങ്ങനെ പോകുന്നുണ്ടാവും ചിലപ്പോ അകലം പോയിരുന്നു അതാ ഐ മുനുരുഹുമാ അതിനെന്തിനേയും പ്രകാശിപ്പിക്കുന്നവൻ എന്തുകൾ പുറത്താക്കി നിസ്റ്റീജാത്തിനെ നോക്കിയത് അതിന് അത്രീനെ സീഹിമാകാശങ്ങളിലും ഭൂമികളിലും ഉള്ളതായ മോമിനികളുടെ പുരൂപ്പുകളെ പ്രകാശിപ്പിക്കുന്നവൻ അതായത് മാനവീയായ പ്രകാശങ്ങളെ പറ്റി ശർത്തായി സീഹിമാണുള്ളത് ആകാശത്തിലുണ്ടല്ല മോഹിനികളും അതായിട്ടല്ലേ ഭൂമിയിലുണ്ടോമിനൾ ഇവിടെ സുബഹാന ഹൂമത്താലൂ നൂറൻ അന്നാഹൂ വിഭാഗത്തിന്റെ മുഖത്തതിയാക്കിയിട്ട് നൂറന്റെ ഹവറ് അപ്പൊ നൂറ് എന്ന് അവന്റെ ദാത്തിരത്തിന്റെ നൂറ് എന്ന് പേരണ്ടിട്ട് പറഞ്ഞു നൂറ് എന്നുള്ള ശരിക്കും പറഞ്ഞ അറിഞ്ഞല്ലേ നൂറ് ജൗഹനോ അറിവോ അതിന്റെ ഫിലാഫുണ്ട് അറുതാണ്ട് ചിലർ പോയിട്ടുണ്ട് അല്ലെ നൂറാണെന്ന് പോയിട്ടുണ്ട് അറച്ചാൽ ചില മുസ്താദന്മാർ വിശ്വസിച്ചിട്ടുണ്ട് നൂറ് ജോസാണോ അറുതാണോ രണ്ടായാലും ശരി ഹാദിസാണുള്ള സാധനം ഹാദിസിനെ കൊണ്ടിട്ട് അള്ളാഹുവിന്റെ കവിത പറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ പണ്ടേം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പറ്റി ഒരു ഹാദിസിന്റെ പറയേണ്ട ശിബത്ത് കൊണ്ട് വിസ്വ പറഞ്ഞു കഴിഞ്ഞാൽ അത് കദീമിന്റെ അനുയോജ്യമായ രീതിയിൽ അതിന് തേവീല് കൊടുത്തോണ്ടല്ല നൂറ് ആദ്യത്തിന് കദീമിനും പറയാനുണ്ട് കദീമിന്റെ പലതായി ഇവിടെ കാണുന്നുണ്ടല്ലോ ആദ്യത്തിനും പറഞ്ഞിട്ടുണ്ട് നാളെ നൂറ് വളർത്തിട്ടുണ്ട് കമറ നൂറൻ കമറ നൂറ് ആദ്യത്തിന് വന്നിട്ടുണ്ട് അന്നാനെ പറ്റി നൂറ് സമാവാട്ടുണ്ട് അപ്പൊ അത് ആ നൂറ് എന്ന് പേര് പറഞ്ഞത് നിയൻ നൂറ് ഉൽ മുൽ ലാൽ അതുകൊണ്ട് ഇത്തരത്തിന്റെ പ്രയോഗം പറയുകയാണ് വിദ്യാർത്ഥം എന്താ ആദ്യം തസ്ബീ ആക്കും ആ വജുഹാണ് എല്ലാ അഷിയാക്കളെയും ഇൻഹാറാക്കാൻ ആവശ്യമായ ഒരു പ്രകാശത്തിനാണല്ലോ നൂറൂന്ന് സാധാരണ മറിയല് മറിഞ്ഞിടക്കുന്ന ഒരു സാധനത്തിന് വെളിച്ചത്തെ കൊണ്ടരാനെന്താക്കി അതാ ഈ വെളിച്ചം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഹാർ തോന്നി അടുമിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം അതുമാകുന്ന നെടുമാറ്റിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം ഇതഹാറാക്കാൻ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് ഇവിടെ മുദിരായത് ആ നിലക്കെന്താക്കി ഇത്ഹാർ എന്ന വലിയ പ്രകാരമാണ് സ്മീഹത്തിനത് ഓക്കെ ഇപ്പൊ ചുമിയഹി മറ്റുള്ള വസ്തുക്കൾ ഇത്ഹാറാക്കുന്ന ഒരു വസ്തുവിന് പേര് കൊടുക്കപ്പെട്ടാൽ എതിരിട്ട് ബിൽ നിന്നാപ്പത്തിൽ ഇതറാക്കി ഇതറാക്കിലേക്ക് ചേർത്തിട്ട് മുതിരിക്കിലേക്ക് ചേർത്തിട്ടാണെങ്കിൽ നൂറിൽ നിന്ന് പേര് കൊടുക്കുന്നു നൂറൻ നൂറിൽ നിന്ന് പേര് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോസ്കാദുലൻമാറല്ല അതേ അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ നോട്ട് കൊടുത്തു ഇതുപോലെ ചേർക്കുന്നില്ല പക്ഷെ സാറാജിന് മാത്രം വൈകാള സുമിയ സുമിയാന്റെ ഒന്നാം മക്കവരാണ് ഇത് മാറുന്നത് നൂറൻ എന്നതാണ് രണ്ടാം മക്കളി ഇദരാറ്റിലേക്ക് ചേർത്തിട്ട് മറ്റുള്ളത് ഇഹാബാക്കി തരുന്നതിന് പേരെന്തോടും നൂറ് അവ പേര് കൊടുക്കപ്പെടാൻ മിരിലിനുള്ള സിയ ആ മിരൽ അതെ ഇരൽ അതിമിൽ നിന്ന് വുജൂദിലേക്ക് അസ്തുക്കളെ ഇലഹാദാക്കുന്നതാണ് ഒന്നാം ഏറ്റവും അവരിലുള്ള ഇൽഹാർ മറച്ചുവെച്ച സ്ഥാപനം പുറത്തെടുത്തിന് ശേഷമുണ്ടായിരുന്നു അതിമ്മിൽ നിന്ന് ഉരുദിനേക്കെടുത്തിലാണ് ആദ്യത്തെ ഇലഹാറും ിലേക്ക് നിഹാബാത്തിന് ഒരുത്തനാരാമോ അവന് പേര് കൊടുക്കൽ അതാണ് അള്ളാത്ത ആ പേരുകൊടുക്കലുണ്ട് അവലേ ഇരിക്കുന്നത് അപ്പൊ നൂറിന് പേരെടുക്കാൻ ഏറ്റവും അവലാഹിക്കന്നെ അള്ളാഹുക്കാലാണ് അവന് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് വൽ എന്ന് മാത്രമല്ലൂറും എല്ലാ നൂറ് കൊടുക്കുമുള്ള നൂറും അവരാണ് കാരണം നൂറുകൊണ്ട് ഇഹാറ് കിട്ടണമെങ്കിൽ ഇവന്റെ പടക്കനും അത് ഈ ജാതും പണലോ മുഴുവനുള്ള എല്ലാ നൂറിനെയും വിൽഹാറാക്കുന്ന നൂറിനെത്തന്നെ വിലഹാറാക്കുന്നവരവനാണല്ലോ ഇത് നിന്ന് അത് നിന്ന് നീതി വെച്ചു അതിനുശേഷമല്ല നൂറ് മറ്റുള്ള സാധനത്തിൽ അതിനെ ഗുരുമാറ്റി കളഞ്ഞിട്ട് കൊത്തിക്കൊണ്ടിരുന്നു ആദ്യ ബാക്കി മകനൂരി നസ്കാത്തുൻ അപ്രമർ അതാറ്ററാണ് മതവീദി അല്ലാഹു എന്ന നൂറിൻ മഖനയെ എവിടെള്ള നീ ആയി ദൂരിൽ ലാഹി ഫീ ഖൽബിൽ മുഅ്മിൻ മുഅ്മിൻടെ കൽബിൽ അല്ലാഹു തആല നൂറു വെച്ചിട്ടുണ്ട് ആ നൂറിൻടെ ഉദാഹരണം നമ്മൾ നടന്നതെല്ലാം കേട്ടെന്ന് പറയുന്നു എവിടെ ഇട്ടു കൊടുക്കുന്നതാണ് നോക്ക നോക്കാണല്ലാണ് അത 6 ആമത്തെ നോക്ക ഒക്കെ ചെയ്യായ്ക്കണല്ലോ മക്കളുക്ക് മക്കളുക്കല്ലാത്ത ഉണ്ടാവില്ലാന്ന് പറയുന്നില്ല മിസ്റ്റാറ്റി ഒരു മിസ്റ്റാറ്റ പേർ ചെയ്യുക എന്താ മിഷ്കാട്ടം എന്ന് പറഞ്ഞാൽ അത് മിഷ്കാട്ടും കുമ്പത്തും അതിൽ നാതിരത്തി കുമ്പത്തുവച്ചാൽ ഈ സംരംഭം ഉണ്ടാക്കുന്ന തുളയില്ലേ ഇപ്പൊ അപ്പുറത്തേക്ക് ഗോവ ഉണ്ടാവില്ല അപ്പൊ നമ്മളീ മണക്കെണ്ണമൊക്കാൻ വേണ്ടി ഒരു അമ്മ അപ്പുറത്തേക്ക് ഗോവ ഉണ്ടാവില്ല കൂവട്ട് പറയും കാപ്പല്ലേ അവതാഹനമായ പൂവത്തോന്നി മാത്രം മാറിപ്പോയി അപ്പൊ ഇവിടെന്തല്ലേ നടന്നത് ഒരു മുഹമ്മിൽ ഉണ്ട് ഒരു മുഹമ്മിനായ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കൺബുണ്ട് ആ കൺബിന്റെ ഉള്ളിൽ ഒരു നോറുമുണ്ട് സാധനം മൂന്നൽക്കുന്നുണ്ട് ഇല്ലേ നദീലേ ആദ്യ മൊഹ്മായ മനുഷ്യന്റെ ലഫ്സ് അതിന്റെ ഉള്ളിൽ ഒരു കൺപ് കൺബിന്റെ ഉള്ളിലോ ഒരു നോവ് അഷ്യാക്കൾ മൂന്നൽ ആ മൂന്നിനോട് ആ ഒത്തൊരുമിച്ചുകൊണ്ട് നിഷാധി കഴിഞ്ഞു സദുറഹു നോക്കറ ഈ മൂന്നിനായ മനുഷ്യന്റെ തവിളിനെ തശിഹാക്കി ഒരു നിഷ്കാസിനോട് കൊളപ്പെട്ട പഴയാക്കാം ആ കൊച്ചഹ കൽബോക്കി സതിരി അവന്റെ തതിന്റെ ഉള്ളിലുള്ള കന്തണ്ട് ആ കല്ലിനെ തശിഹാക്കി ചെഞ്ചിരി ഒരു വണത്തിലോട് ആ വളത്ത് എവിടെയുള്ള മിസ്റ്റാത്ത് മിസ്റ്റാത്തിനുള്ളിൽ വളക്കുണ്ട് അപ്പൊ അവിടെ മൂന്നെണ്ണ ഇല്ലേ ഒരു ചമ്മൻ്റെ ഉള്ളിൽ ഒരു മിഷ്കാത്ത് വെച്ച് അതിനുള്ളിൽ ചിന്തീരി വെച്ച് ചെന്തിന് ഉള്ളിൽ ഒരു വളക്കുവുണ്ട് മൂന്ന് പവര മൂന്ന് പിരിത്താൻ മനുഷ്യന്റെ ശരീരം നിൽക്കുന്നു അതിനുള്ളിൽ ആ ചതുണ മിസ്റ്റാത്ത് മിസ്റ്റാത്തിന്റെ ഉള്ളിലാണ് ഇത് കൽബിന്റെ തിന്റേരി ചെന്തീനുള്ളിലാണ് ഇത് വളക്കുള്ളത് ആ കൽബിന്റെ ഉള്ളിൽ നിൽക്കുന്ന മാരിപ്പത്തിന് കശ്മീരി ആർക്കിടെ നിസ്ബാഹിതി സിന്ദീലന്റെ ഉള്ളിലെല്ലാം നിസ്ബാഹിയോട് വളക്കിലോട് നോക്കാ വസന്തീന കൾബ് നോക്കാ ഇന്ത്യല്ലേ അതിൻ്റെ ഉള്ളിൽ നിസ്വാഹി വാറണ്ടേ വളത്തിന്റെ ഉള്ളിൽ കട്ട് നിസ്ബാഹമാറുണ്ട് ഹിന്ദിന് ആ രസീ കാൽ ആ കൽബിനെ പിടിച്ചിട്ടാണ് കൗക്കബുദ്ധിനെ രസീ കാക്കിയത് അൽമു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ശബ്ദം ആപ് ഈ കൽബ് കൗക്കബുദ്ധിജി പോലെയാണ് അപ്പൊ കൗക്കബിനി ഏതായാലും പ്രകാശമുണ്ട് അതിന്റെ കൂടെ നിസ്ബാഹ്യം പറയും അത് രണ്ട് പ്രകാശായിരുന്നു പ്രകാശത്തിന്റെ പേര് പ്രകാശായി അപ്പൊ കൽബിനെന്തണ്ട് മൊത്തത്തിൽ തന്നെ നേരത്തെ ഒരു പ്രകാശണ്ട് ആ കൽബുള്ളത് ഈ അത്തി കൽബായി വെച്ചുകൂടാ അതേതന്നെ ആ ജിസ്മാനിക്കാണ് ജിസ്മാനിക്ക് കഥാപത്ര കൊണ്ട് പ്രകാശ ഇല്ല മറ്റേതാത്തോ നസുന്നാബിക്കു പറഞ്ഞൊരു കൽബുണ്ടല്ലോ ആ കൽബിന്റെ അത്തന്നെ പണ്ടും അമ്പാനിത്തിന് ഒത്തിരി അതിന്റെ ഒറിജിനൽ അതിന്റെ ഒറിജിനാലിറ്റി പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ കൂടെ നൂറ് മാലിപ്പത്താക നൂറായിരത്തെ കൂടെ കൊടുക്കുമ്പോൾ നൂറൻ്റെ മേലെ കൊണ്ട് നൂറ് കിട്ടിയില്ല ചെടായി നൂറ് നേരത്തെ ഉണ്ട് അതാ ചൗക്കൂടെ ഉർമിച്ചതിന് അർത്ഥം താ അതിന് ചതായി കൊണ്ടന്നു നൂറായിട്ട് അതിലുണ്ട് ഏതിലേക്ക് വെച്ചിട്ട് ആരങ്ങൾ ചട്ടായിട്ടേക്ക് ചേർത്തിട്ട് ആരെങ്കിലും നൂറായിട്ടാണ് അതിലുള്ളത് അപ്പൊ അതിന്റെ കൂടെ മാരിപ്പത്താകുന്ന നൂറ് കൂടെ കിട്ടിയപ്പോ നൂറും അല്ല നൂറ് നൂറും ആയിപ്പത്തിന്റെ നൂറ് അല നൂറ് ആരുന്നൂറിന്റെ പുറമെ ാണ് ഇന്താറി എന്നുള്ളത് കൊണ്ട് ഈ കൈദ്യൂടാനി പരിശുദ്ധമായ സൈറ്റിനോടാണ് ഇണ്ടാദി ഒരു ബണക്കൂ കട്ടുന്ന വിഷയത്തിൽ ഇന്റർ ചെയ്ത് കൊടുക്കുന്നു എന്നു തോന്നിയിരുന്നു قدنوا على الذين يذلون الناس يا رجل قدري من راودني قلت عليه ارتدوا ما تعلمها يا اطباء في سبيل الله لقد عثلاتنا سيد اسكن في يثي الجنئ قامناه ان تصلات طرمو القومنا والقول يقول اني طلعت بانه داعيا انكم ربنا الله لما ورت مترك القول انما تقولوا على الذي دين من الله ايه تفصيل مما مراد لا مطلب ذكر يقولون لا الله لا يوجد لو كان يقول وقال نعوذ بربنا رب الله سبحان من كان اين الذي اين الجهرين نعم اذن بشهد لكم അവനെ കൊണ്ടുള്ള എൽമിന്റെ അയിന് ശരിയായ ജനവിന്റെ അയിന് തന്നെ എത്ര തിരിഞ്ഞിരുന്നോടെ വ്യക്തി അപ്പൊ തിരുങ്ങാടിന്റെ തിരുവിന്റെ തിരുവാടിന്റെ അതിന് എന്താണ് തിരുവിരാജ് വായങ്ങൾ ചെയ്തത് അല്ല അവരൊക്കെ ജഹ്ലുണ്ടല്ലോ ആ ജഹരം അതിന് തന്നെ ദൈവമാണോ അറിയപ്പെടാൻ താഴ്ന്നാത്തവരാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ പറ്റിയുള്ള അറിവ് അറിയപ്പെടില്ല എന്ന് കുടുംബാർത്തിനെ പറ്റിയ തിരഞ്ഞെല്ലാം وَصَوْنَ مَعَذُلُهُ مَعَ اللَّهِ بِتِي ذُو الْقُدْرَةِ فَقَالَ قَوْلَهُ إِنَّ صَمْتَكُمْ اللَّهُ الْأَسْمَاءَ بِتِي عِنْدَ ذَوْجٍ نَوْفِرُهُ فَقَدْ قَالَ اللَّهُ عَزَّ وَجَلَّ أَسْمَاءَ وَإِنْ سَأَلْتَ عِنْفَاتَهُ قَالَنَا صِفَاتُهُ بِتِي عِنْدَ ذَوْجٍ وقد قال الله عز وجل والله اذا عاد السراب وذكر لذلك فاض على الذين يزلوا وان تنطن نفاقوا لي اللهم لك وليك لا صدم وقد قال الله مره كما قولنا للشياطين اذا اردنا انقوم له قل فلقو وان تنطن اعوذ وقد قال الله باسط لنا من هو في سيب െ പറ്റിയാണോ അതുകൊണ്ട് ില്ല അതുകൊണ്ട് നമ്മളോട് എന്നാണ് പറഞ്ഞത് മരോനിൽ മരോണിന്റെ ഇല്ല ാണ് അത്യാവശ്യം പക്ഷെ അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നാലും അവഹരളം ില്ല എന്ന കാരണത്തിന്റെ വേണ്ടിയിട്ട് തെട്ടിപ്പും ഇല്ല എന്ന് പറയുന്നത് വേണ്ടതും അതിനകത്ത് നേരത്തെ പറഞ്ഞാലും തന്നെ പറഞ്ഞാൽ മാറ്റവും നോക്കിയിട്ടില്ല അത് മറക്കുക ആമിലെങ്കിൽ അസുരായ നസിബില്ല പക്ഷെ ഇവിടെ നാസിമിനെ സങ്കല്പിക്കേണ്ടി ഒരു നമ്പർ പറയുന്നുണ്ട് യാറിപ്പോന്നുള്ളത് മുഖത്തരായിട്ട് വക്കാൻ പോകും അപ്പം നസിബ് ചെയ്യുന്ന രാമലിനെ സങ്കല്പിച്ചിട്ട് നുസഫായും സങ്കല്പിക്കുക മറ്റേ അതിന്റെ ആരിഫായി സങ്കല്പിക്കുന്നു ജാതില്ല ആയിരിക്കും പക്ഷെ ഇല്ല അന്നൽ മായന മാനണ്ടായി അല തസ്വീരി അനിൽ മസ്തരീയത്തി മസ്തരീയായ അന്നിനെ അവിടെ സങ്കല്പിച്ചു അപ്പോടെ മിസ്സിലേക്ക് മടിയത് അത് സഹമൊക്കെ ഇല്ല മനട വധുദാരിക്ക അന്നീരിയത്തി യായ ഐക്യശേഷമുള്ളത് ഇതെവിടെ ഏരിപ്പൂ നാരിപ്പുള്ളി എന്ന് പറഞ്ഞ ആ മസ്തറിന് പിടിച്ചിട്ട് മൂപ്പറിപ്പോൾ ഭയാനിങ്ങിയത് ഐറിനോട് ഇതിൽ ഐ കൊടുത്തത് കഷീരിയായ ഐക്യശേഷമുള്ള ഈ ഏരിപ്പെന്നുള്ളത് അടുപ്പ ഭയാനുള്ള മാ കമുലഹോ മാ കമുലഹവിന്റെ മുമ്പിൽ അത്തഭയാനാണ് മാത്രമേ നാരീഫത്തുള്ളിയാണ് അത് അത്തഭയാനാണ് ബഹ്മാക്കമുരകു മാക്കമുരവോ മസ്തരൂല്ല മരിമുപ്പുണ്ടാവും മസ്താണല്ലോ ശരിയായ മസ്തറാണ് തെളിവിന് ചെയ്തതല്ല തകവിയിലോ ആകാതി മസ്തരും ഇതിനെയും വെച്ചിട്ടുണ്ടാക്കണം മസ്തരാക്കി തകീല് കൊടുക്കണം അപ്പൊ അഞ്ചാരിപ്പാണ് മാരീമത്തുണ്ടാകും അപ്പൊ അതിനെ തഹിപ്പിക്കണം ഞാനു പോസ്മാറമിന്നറാഹു എന്ന് പറയുന്നുണ്ടല്ല മൈലിനെ പറ്റി കേക്കലാണ് തമ്മിനെത്താണ് കൈറെന്ന് പറയുന്നുണ്ട് ആ ഭസ്മാ അതെയോ അത് മുട്ടിയാണ് കബറുഹു കൈറും എന്നുള്ളത് കബറം തസ്മബിൽ പറ്റി നീ കേക്കൽ അന്ന് തസ്മൊരുപാട് സങ്കല്പം ഉണ്ടാവുന്നത് ിച്ചിരിക്കുന്നു സൈറാണ് ഭിന്നടാഹു ഏറെ പാമ്പതിയേക്കാളും ആ സൈറും ഭിന്നം തറാഹും ആണതിന്റെ കമറു ചേ വിപുത്തത ഇഷ്മല്ലാണ്ടാകാൻ പാടില്ലല്ലോ ോ ഈ മസ്തലിൻ ഇവിടെ മസ്തരുകൊണ്ട് തെളുവിൽ കൊടുക്കേണ്ടി വരും അസ്മാക്കൊന്നിട്ട് അപ്പൊ വായു കൊണ്ട് കേൾക്കലാണ് കാണുന്നതിനകത്താണ് പഴുതുന്ന പ്രസമത്തിൽ എന്താ സാധനം മഹുവാ മസലം ചുണറമ്പ ലിക്വിഡിൽ മഞ്ഞറുകൊക്കെ ഈ സമാനി ശൈലി ഒരു വസ്തുവിനെ കേൾക്കുന്നതിന് വലിയ തലത്തിലുണ്ട് ം അപ്പൊ അതെന്നെന്താക്കി എന്നെ കാണണ്ട കേക്കല പിന്നെ പിന്നെ പൂജ എടുമ്പോട്ട് നിക്കാൻ അതിനോടുള്ള ആ തിരുത്തോ ഓ ഇതാണ് ഇത്ര നേരം കേട്ടതന്നെയാണ് അപ്പൊ കേക്കലാണ് തണു കണക്കായിരുന്നു പറയാണ് ഉദാഹരണം അപ്പൊ ഇവിടെ തൈരിഫാക്കി അയ്യാരിഫനോടീഫ് വാഹിച്ചാലി അന്താരി അയ്യാരിപ്പാണ് കഴിഞ്ഞിട്ടോ നീ അറിയതാണ് അൽ വാജിബ വാജിപിന് വാജിപി അള്ളാത്താലതും ഒരിക്കലും ഇല്ലായ്മയെ സ്വീകരിക്കാത്തതുമായ കാര്യമുണ്ടല്ലോ അതാണ് അവിടെ വാജിബുകൊണ്ട് ഉദ്ദേശിച്ചത് അവൻപണ്ട് ബജന ഇന്ത്യ കമ്പോസ് ചെയ്യൂല എല്ലാടിപ്പൊ പുതുതായി ഉണ്ടാവേണ്ട സാധനം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ട് ഇനി അതിന്റെ സ്വീകരിക്കില്ല അറക്കുമ്പോൾ തന്നോ ഈ ഹത്തിനീറ്റായ കൂട്ടി ബൈക്കിരി മൂന്നാമത്തെ ഈ ഹത്തിനീട്ടാലാ അത് രണ്ടിലേക്ക് സങ്കൽപ്പിച്ച ഒന്നിലേക്ക് അതുപോലെ വൻ മൊഹാനായ മൊഹാനിനെയും കലാലിക്കാം ഈ ഹത്തീ താല നോക്കണം ഒന്നാണ് താലാക്കി മഹാനായ കാര്യം അതേതാണ് ഒരിക്കലും സുഹൃത്തിനൊക്കേടാത്ത കാര്യം മഹാലിത് മൊഹാനായിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് സുഹൂത്താണുണ്ടോ അത് ഉണ്ടാവില്ല സുഹൃത്തിനൊക്കെ കേടാത്തത് അത് ഉൾക്കൊള്ളിക്കും സാബിത്തെന്ന് പറഞ്ഞാ താ അല്ലാത്ത ഉൾക്കൊള്ളില്ല അത് നാട്ടിൽ നിന്നുണ്ട് ഞാൻ സിപാത്ത അല്ലാതെ സിപാത്തിനെയും ഉൾക്കൊള്ളിക്കും എങ്ങനത്തെ സിപാത്ത് അൻ സിപാത്തന്റെ മഹാദി ആ സിമൻ സി അതൻ മാനവീയ اللركيكم انه ال مستحيل اي من هذا انه مستحيل ال مستحيل نرونه وهو ما لايقد ثبوت طبوت له لكل ذي ذيكاطا كاذبوا كما يشاءون ورضوال في حقه تعالى അള്ളാഹുന്റെ ഹെൽ എന്നതായി ഉദ്ദേശം അത് മുസ്തഹീലിനെ ഉൾക്കൊണ്ടിരിക്കും ഒരു അല്ലാതെ വാജിബാത്തിൻ്റെ മുത്തബ്ദിമാസഫ്ദിമായ വാജിബാത്ത ഏതാണോ അതിനിത് അപ്പൊ നമുക്ക് ഇസ്ലാമിന്റെ വേറെ ആയിട്ടുള്ള ഏതാണെന്ന് അറിയാൻ സാബിത്ത് വേറെ വേണ്ടീനീ സാബിറ്റ് മുത്തീനി അല്ലാതെ രാത്രി ഇസ്ലാമില്ല സൽിയാ സിഫാറ്റ് അങ്ങനെ ചെയ്തെടുക്കുന്ന ഈ ബാധിയിൽ അതൊക്കെ ചെയ്യുമ്പോ ഒന്നേക്കണം പിന്നെ മഹാരിപ്പ് രണ്ടണം നർസിംഗ സിഫാറ്റാണ് മുജൂത് സൽിയാ സിഫാ തേടാന് ിത്താണ് സെൽഫാ സെൽഫാത്ത് പറഞ്ഞാല് അല്ല തനിക്കെൽ അത് സ്ഥാപിത്തിനങ്ങനെ വരം കൊടുക്കുന്നുണ്ട് അതിന് സാബിത്തിന് ഒക്കെ അർത്ഥം കൊടുക്കുന്നത് ഏതാണ് ഇന്ത്യ പാഴെ തമിഴ് ചെയ്യാത്തതെന്നാണ് അപ്പം ഏതെയാകുണ്ടോ ലഫീ ആണ്ടോ അര മതി അപ്പൊ ഫിതനൊരിക്കലും ഇന്തിപ്പോയില്ല ബംഗും എന്തിപ്പായില്ല അപ്പം അന്നലെ പോലെ സാബിതം എന്ന് പറയാനാണ് സാബിത്തന്നെ ഏത് നായ ഒരു ആനയല്ലേ കൊടുക്കുന്നു അടനിയ നായ കൊടുക്കുന്നു ഇപ്പൊ സുബൂത്ത് ഉണ്ട് ഇപ്പൊ സുബൂത്ത് ഉള്ളതോടൊപ്പം തന്നെ ഇനി ഇന്ദിഫയിലെ കബൂൽ ചെയ്യാൻ ചെയ്യാതിരിക്കുകയും കൂട്ടുന്നില്ല പറയുന്നു അപ്പൊ സെൽ ഞാസിഫാത്തിനും പറയാലോ ഒരിക്കലിറങ്ങും സെൽനാസിഫാണെങ്കിലും ഇരിക്കും ഇന്ദിഫാനും കബ് ചെയ്യുക അന്നല തൊട്ട് ചെയ്യാം പിന്നെ വൻ അരിപ്പും എന്നൊന്നരിപ്പുണ്ടല്ല അതിന് ലിറ്റിലാക്കി അത് ബൈസിൻ്റെ കൊണ്ടി കൊടുക്കുന്നതാണ് ലിസ്റ്റിലാക്കുന്ന അരിപ്പിന് വാങ്ങി ഞാനും കൊടുക്കുന്നുണ്ടല്ലോ ഈ മനിക്കുന്ന എന്റെ മാലിക്കുന്ന മുത്തക്കല്ല യാദം ഉണ്ട് ഇസിലാക്കിന്റെ യാതാണ് എന്ന് പറയാൻ മതി ഈ അടുത്ത് ഇസിലാത്തിന്റെ അത് അപ്പൊ പറയാൻ വേണ്ടി അപ്പൊ പല ദിവസത്തിൽ തെറ്റിനീട്ടി അത് മൊഹാലേ ദഹിനയുടെ അനുഭവം നല്ലത് ബാൽ ഹീയലി എത്രയും ബൈത്തിന്റെ വേണ്ടിയിട്ട് ആ സൗകര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് കൊടുക്കുന്ന അടുക്കാണ് അത് മൈസിലും വരും മറ്റുള്ള ആനായ്മരുമാരുക്ക് അത് ദഹിനയിലല്ല പിന്നെയാണ് രണ്ട് സ്ഥലത്തും പറഞ്ഞു മൂന്നാമത്തേനും പറഞ്ഞു എന്താ അള്ളാന്റെ ഹക്കി എന്ന് പറഞ്ഞു ഹക്കിന്റെ ദോഷമാനെന്താണ് സാബിത്തായ കാര്യം അക്കനക്കു ആ ഹക്ക് താബിത്തായ കാര്യം അപ്പൊ ഈ ഹത്തിഹീത്താനും അനെന്തായി അള്ളാഹു താലയെ കൊണ്ട് ചേർക്കപ്പെടുന്ന ഹക്കായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വാത്തിലായ കാര്യങ്ങളെന്തെല്ലാം ചേർത്തിട്ടുണ്ടോ അത് നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടാലും വാത്തിലായ കാര്യം അള്ളാഹു താലൊക്കെ വാലുദന്റ് വനദനൊക്കെ വാത്തിലായ കാര്യങ്ങൾ എന്തെല്ലാം ചേർത്തിട്ടുണ്ട് അത് നമ്മൾ അത് സ്വീകരിക്കുന്നില്ല അള്ളാഹു താലയെ ചേർക്കപ്പെടുന്ന ഹക്കായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതാക്കില്ല ഒന്ന് വാജിബ് മുത്തും ഇതാക്കി അതാണ് വരുന്നത് അത് അത്തിൽ അമ്പിൽ എന്ന് വെച്ചാൽ ശര വരുന്നതാണ് ഐ മാൻ അപറാദിൽ അമ്പിൽ കൊല്ലിങ്കിൽ മൻസോബി രഹൂത്താലൂമത്ത ആലാക്ക് ചേർക്കപ്പെടുന്ന പുല്ലിയായ അമ്രുണ്ട് കൊല്ലിയായ അമ്രു എന്ന് പറഞ്ഞുണ്ടാർത്ഥം കമാലിന്റെ തികളൊക്കെ മാറിക്കുള്ള ചെറുക്കാൻ മതി ആ വലിയ മതി അതിൻ്റെപ്പെട്ട ഈ ഗാത്തുകളാണ് ഏതെല്ലാം അതിന്റെ അപ്രാദാണ് ഏത് ഭാഗ്യമായ ഗുതിരത്ത് ഇറാദക്ക് ബസറ് അല്ലാത്തുള്ള കുറെ ലക്സുകൾ ചേർക്കപ്പെടണം ആ ലസുകളെ സെൽഫ് ചെയ്യപ്പെടണം അത് നിശ്ചിതയാണല്ലോ എല്ലാ ലക്കസിനെ തട്ടുമുള്ള നിസ്ബാൻ പറയുന്ന സാധനം പറയപ്പെടുന്നില്ലേ ഇപ്പൊ ഇസ്ബാത്ത് കൊണ്ടോ നസിക കൊണ്ടോ ലിസ്മ ചെയ്തില്ലേ അപ്പൊ അമ്മാമത്തെ ആരാക്കെ ലപ്പത്തി ചേർക്കല്ലാണല്ലോ അങ്ങത്തെ ലക്ഷ്മിയില്ലേ ആ പുല്ലിയായ ലക്ഷ്മിപ്പെട്ടാണേത് ഒന്നാമത്തെ ആരാക്കിയത് പാടില്ല കുനുസ് പാടില്ല മൗത്തു പാടില്ല പിന്നെ കേൾവിക്ക് ഇല്ല ഇപ്പൊ പാടില്ല ഭക്തന്ന പാടില്ല അപ്പോൾ അപ്പോൾ അപ്പോൾ ദുല്ലിയാനു കമഹായത്തിൽ ഇതുവതിเยനു ദത്തസുകളെ തൻതുയല്ല അ കമഹായത്തിൽ ഓദ അഹ്റാദുൽ ഫതളാന ഇതെ മുതരത്തു കമഹായത്തിൽപ്പെട്ടവാനു ഇറാവത് സന്ത വസറു കലാമു ഇറൂം അദ അലായതി തുബൂതിയാനേ ഇതെ وجودية آسفة ومعانية آسفة مغلية. أول انتفاع، انتفاع هذا مستهد آسفة. أو هما، ألو يقول أن دمك بي أظام، أنه لأم جائزة آسفة. ففا يشمع للأخطاء من تلات رمونا بيسوه وللقبه. فهي بمعنى من رصيء أمن ورصيح فيها كم التعالى نفيه صلى الله. അതു മുന്നിലനെ വായന നട മോപ്ര കൊടുത്തത് ലത റമാദോദി മിന്ന ഫറാദിൻ തംറുൽ കുല്ലീൽ ലൗ പ്രോത്തും മിന്ന വായന നട ഇതി വഖീദ ആലിം അന്ന ഇന്നൽ മുറാദാ മിനൽ ഹഖി ഈ ഹഖീഖാനാ എന്ന് കൊണ്ടുള്ള ഉദ്ദേശം തന്നല്ലോ वो പറയു거든요 അമ്പതാബിതുന്നല്ല അംറു മനസ്സേ പോുന്നല്ല അല്ലാന ഹഖീഖി അതെ അമ്മാ എന്ന് പറഞ്ഞ ആ ഹീകത്തുണ്ടല്ലേ ആ മുസമ്മ അതാ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഒരു ലാഫത്തിൽ ലാഫത്ത് ഉണ്ടായി ബയാനിക്കാൻ പറയുമ്പോ ഹത്തിനെന്താക്കി ലാഫത്ത് ജീ അയിലേക്കല്ല മടങ്ങുന്നുണ്ട് അപ്പൊ അന്നാ എന്ന് ആ ഹീക്കത്ത് നിന്ന് അഭിമാനത്തെ പരാതി മൂന്നാഫ് മൂന്നാഫിലെ ഈ ഓൺ സാധനം ഉണ്ടാകുക എന്നിട്ടാണോ അഭിനാപത്തേന്ത് ആ ഹൈക്കത്തിൽ അള്ളാ എന്ന് വിളിക്കപ്പെടുന്ന ഹട്ടീക്കത്തേതാണോ ആ ഹൈക്കത്തിൽ മുസ്തഹീദും ജാഹിതുമായ രാജ്യങ്ങൾ എന്നു أبواقية أبواقية إنجل ما نعلم يقولون اليوم دمائل اللامي لامر لما نعلم تأي أبواقية لله سعالنا رب جنة لك لامنا عنه أي جائز لله سعال وكذا يقال في الواجب والمستحيل أيض بقرور قيل إن المراد من الحسين അത് ഹീക്കത്തു അല്ലെ നേരെ ബൈസിലേക്ക് എത്തിയാണ് ബൈസിലാണല്ലോ ഫീ അല്ല മറ്റെണ്ണത്തിന് സങ്കൽപ്പിച്ചോട്ടോന്നല്ലോ പറഞ്ഞു അതുപോലെ വാജിബിനും മുസ്തഹീദും നീ പറഞ്ഞു വാജിബിൻ ഫി ഹീഫത്തില്ല ഈ താല മുസ്തഹീബിൻ ആ ഫീ ഹീഖ് അപ്പൊ ഫീനെ ജീന കൊടുക്കണം മൂന്നാമത്തെ ഒരു ജീല ഉണ്ട് അന്ന് രസത്തെ ഹക്കിൻ എന്നുള്ളത് അത്യാ അപ്പം വകീയോ ജാമിന്റെ വഴിയും കൊടുക്ക അപ്പൊ അതില്ലായിട്ടാര വാജിപ്പിൽ ഇല്ലായിട്ടാരണം ഇതാക്കുന്ന പരാഞ്ഞി അദ്ദേഹം തന്നെ മടങ്ങി അപ്പൊ അതാ വേറെ ചുരിമാക്കാൻ പോവാ അകത്തേല്ലാം മടങ്ങി അടുത്തേത് അഹുവിന്റെ അപീകൃഷ് സ്വപ്തം സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ അർജുന ിലും അത് കൊണ്ടല്ല അതിന് അതിന്റെ മേലിൽ അറിയിച്ചതിന് വേണ്ടി കമാശ നാടകവും അവിടെ മൂക്കറിയി താരാ ഹിഹി താരാ ഓരോന്നും കൂട്ടിക്കൊടുത്തിട്ടുണ്ടല്ലും മുസ്തഹിനും മൂപ്പറ സാലിഹി കൂട്ടിക്കൊടുക്കുകയല്ലേ ولا يذكر الحذف منهما الا على تفسير شرحي الحق بالام بالحق المنصوب رب تعالى ولا يذكر الحذف منهما هذان للذين حذف ظاهر اقولا هذان للذين واجب للذين هذ الكراحي رحمه الله او لن قلنا ان تذكرتم الا على تفسير شرحي الحق حق من الذين <سؤال> مبرضا في نفسه راكيد أن بالأمد الحق المنصوب له تعالى عداما له مونعجم آدل مونعجم إنه آدل بطاقت له في حقه تعالى كثيرا كثيرا كنتم وأن بالأمد الحق ما عدود من أفراد الأمد الكلي المنصوب له تعالى لاجهة سببتة باللين دفاعي أو هما إدورتم വക്കീല ഇന്നൽ മുറന്നെ അൽക്കി അൽഹത്തു പിന്നെ മൂന്നാമത്തെ കീര എന്താ പറഞ്ഞ ഹത്ത നല്ലത് സാഹിതിയാണ് സാഹിതയാണെന്നുള്ള പ്രകാരം തിരയുടെ കൂട്ടിക്കൊടുക്കുന്ന ഞാൻ അറിയില്ലല്ലോ ഇല്ല അപ്പൊ ഒന്നാമത്തെ മനപ്രകാരമേ അടുപ്പു കിണക്കിനി താരാ കിണക്കിനി താ അമ്മാണെ കൊണ്ട് വാജി പോയിക്കൊണ്ടോ ഈ ഹിബാത്ത് കൊണ്ടോ രസി കൊണ്ടോ മത്സൂബായ അമൃന്തൊല്ലി അമൃൻചുള്ളിന്റെ അപറാദുകളിൽ നിന്ന് വേണമെങ്കിൽ ഈ ചെറുക്കപ്പെടുന്ന കാലം ഉണ്ടാകണം വാജിബും മുസ്തഹീലും പിന്നെ ആ കസീര് പ്രകാരമേ ഈ ഹതിബ് ഉണ്ടെന്ന് നടക്കുന്നുള്ളൂ അല്ല എന്നുണ്ടല്ല അക്സാമത്തനാത്ത അപ്പോഴല്ലേ മൂലമിനെയും സാമിലാക്കുകയുള്ളൂ എന്ന ആരോപത്തിനുണ്ട് ബയാലി കത്തിച്ച് അതൊക്കെ അന്നേരവും എന്താകുന്നുണ്ട് അത് ബാഗറാകുന്നുണ്ട് എന്ന് പറഞ്ഞു മറ്റേ ഭാഗറാകുന്നില്ല എന്നാണ് അവിടെ ബാഴി ആവാഹിക്കുന്നുണ്ടെന്നും അത് ശരിയാ ർത്ത കൊടുക്കുന്ന അവസരത്തിൽ താലാണോ വാചി വരും കൊടുക്കേണ്ട ആവശ്യം വരില്ലെന്ന് പറഞ്ഞു ഇതില്ലാത്താലാണെന്ന് വന്ന ആയെല്ലാം അക്ക ഏതായാലും ഒന്നും കൊടുക്കുന്നില്ല തന്നി ഓക്കി രണ്ടെണ്ണം അള്ളാഹുവിനൊക്കെ ചേർക്കപ്പെടുന്ന ഇഷ്ടോ രസി കൊണ്ടോ മനുഷ്യമാക്ക തുറന്ന കാര്യങ്ങൾ അഫ്രാദിന്റെ കൂട്ടത്തിൽ വാജിബ് മഹാല് ജാദ് ഇനി ഓന്നുണ്ട് അപ്പൊ അത് വാങ്ങലാകൂല അപ്പൊ ഇവിടെ മൂപ്പർ വന്ന പേരുകാളുണ്ടാക്കി രണ്ടുപേരും വാഹനാക്കിയിട്ടുണ്ടല്ല അമ്മ അലാമ കമ്മും അന്നല്ലി ഹക്കൻ്റെ വായ കൊടുക്കുന്ന അവസരത്തിൽ ആ അവസരത്തിനും അതക്കും ആഴിഡാവുന്നുണ്ട് അതും തന്നെന്താ അമുൽ മനസോബ് അമുൽ ഹക്കൽ മനസോബ് എന്ന പശീന പ്രകാരം അല്ലാതെ ഹാഹിതാകുന്നതല്ലാന്നാണ് ശാരീരിക എല്ലാത്തിനും ആയിടാവുന്നുണ്ട് അതിന് നമുക്ക് മറ്റുള്ളവരാണ് തന്നെയാണ് ബേറ്റിന്റെ ആത്മരം കൂടുതൽ മടക്കി വെച്ചത് ബേറ്റിലേക്ക് കസ്റ്റം കൊടുക്കുന്നു ാണ് അതിൽ മുത്തല്ല എല്ലാവരോ മുത്തല്ല മേലിലും മേൽ പറയപ്പെട്ടതുപോലെ വാജിബ് മുസ്തമീല് എന്നിവയെ അറിയില്ല അതാ മിസുൽ ഹാബൽ മുടിക്കൂലി ഈ ഹക്ക് റസൂല എന്നല്ലേ അറിയുന്നത് അബ്ബാഹുവിന്റെ മോസ്ലിന്റെ ഹക്കില്ല അപ്പൊ മുസ്ലിങ്ങൾ ഹാറ്റിൽ വാജിബൻ വാജിബായതല്ലോ അന്താന ഹാറ്റിൽ വാജിബായ കാര്യം ആ അതും തന്നെ കണ്ടല്ലേ അപ്പൊ ഇവിടെ എന്തെങ്കിലും പുതിയ വിഷയത്തിൽ മാത്രമേ നോക്കുന്നുള്ളൂ നാട്ടിൽ ഈ മുസലഫിന്മാർ വാജിബുണ്ട് മുസ്തഹിദ് ജായിസ് ഉണ്ട് എന്ന വിഷയത്തിൽ മാത്രമാണ് ഇവിടെ കശ്മീരുന്നത് അനിൽ ഹക്കായി അള്ളാഹുൽ വാജിബു എന്ന് പറഞ്ഞാൽ എന്താണോ അയനെ മുസ്സലിങ്ങൾക്കിൽ വാജിബ് എന്ന് പറഞ്ഞു ആയെന്താണോ ഹക്കിബത്തിൽ വിശ്വാസമുണ്ട് വാജിബായ കാര്യത്തിലും വ്യത്യാസമുണ്ട് സാധനം ഒന്ന് അള്ളാന്റെ ഹാക്കിൽ വാജിബ് കുജൂതും കിതമോ ആണെങ്കിലും മുസ്ലിങ്ങളെ ഹട്ടിൽ കിതമൊന്നുമല്ലല്ലാണല്ലോ വാജിബിന്റെ മാനിയും വിത്യാസമുണ്ട് അപ്പൊ ഹക്കായിക്കും അതിന്റെ അടീതത്തുകളും ദലീലുണ്ടല്ലോ ആ അതിനെയൊക്കെ നോക്കാതെ രണ്ട് വെറും വാജിബുണ്ട് മുസ്തഹീലുണ്ട് ജാഹിദ്ണ്ട് എന്നുള്ള ആ മുത്തലപ്പിൽ മാത്രമേ ഇവിടെ ദശദീലുള്ളൂ അത്രയും നവികാരി ഹൈക്കും അതിന്റെ ഹട്ടീക്കത്തല്ല ആളത്തുള്ള ചേർത്ത് പോകുന്ന ഹട്ടീക്കത്ത് ൾക്ക് ഹീക്കെ ഉദ്ദേശിക്കുന്നു ഇത് അള്ളാഹു വാജിബാകുന്ന മുതലായാലും അല്ലെ വമീലു ഒമ്മാജസ് മൂന്ന് തനിയും അതൊക്കെ മുൻതനിയാണ് അവിടെ മുസ്ലിങ്ങൾക്ക് മുൻതനിയാണ് പിതവ് മുസ്ലിങ്ങൾക്ക് പാടില്ല ഇല്ലല്ലോ ബക്കാവില്ല അള്ളാഹു താരാക്ക് മുസ്ലഹിൻ ആരാധന് നോക്ക് അതുകൊണ്ട് ഇപ്പൊ ജാലേറ്റ് ചെയ്തുകൊണ്ടല്ല അപ്പൊ പത്തശ്രീ അതിനൊത്താമീൻ ഇവിടെ തശ്മി എന്നുള്ളത് താമരശീന ഒരു മുസ്ലത്തിൽ മാത്രം ിൽ മുസ്താഹി വാജു കൊണ്ട് മുസ്താഹി കണ്ട് ജാ കണ്ട് എന്ന വിഷയത്തിൽ മാത്രമേ ദശ്രീയുള്ളൂ പിന്നെ റസൂലില്ല ശരിക്കും വായിക്കണ്ട റസൂണ് സീനെ നമ്മൾ കൊടുത്തിട്ട വായിക്കല് അങ്ങനെ ജനുള്ളത് പക്ഷെ സീനിന് സുഖവും കൊടുക്കണം ബസ് നോക്കാൻ വേണ്ടിട്ട് ഇല്ല അലൈഹി മീ അവരുണ്ടാ പക്ഷേ ഈ കസര അലൈഹിമീന്ന് വായിക്കണം അലൈഹിം അലൈഹി അലൈഹുന്ന് പോലെ വായിക്കലാ അപ്പൊ ഹാന്റെ കസർ ഒപ്പിച്ചിട്ട് അലൈ ഹിമീൻ ഇപ്പൊ കാക്യായ ആരുണ്ട് ഹാറ്റ് കസറുണ്ട് അപ്പൊ അലൈഹിമീന്ന് വായിക്കണം ഹിമീന്ന് വയ്ക്കലോ അതും അല്ല പത്രേ പോകുന്നു പിന്നെ അമ്മാഹുഹ്യവരുമേ ഉണ്ടാവട്ടെ അപ്പൊ പിന്നെ അതിന്റെ താരിഫ് എന്താണെന്ന് ഉത്തർ പറയുന്നു അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വാജിപോന്റെ അദ്ദേഹം താരിഫ് അറിഞ്ഞല്ലോ അല്ല തീ എങ്ങനെയുള്ളതാണ് യജിപ്പ് അത് മാത്രം അടിയിൽ വാജിബാകുന്നു അങ്ങനെയുള്ള വാജിബിന്റെയും മുസ്തീലിന്റെയും ജാജിസിന്റെയും താഴീഫ് ആയിരത്തി അറ്റിമന്തുക്കിറ മേൽപ്രയപ്പെട്ടവരുടെ ഹക്കിൽ മന്തുക്കിരാര ഒന്നൊന്നാവിട്ടാര മറ്റ് നൂർത്തലീകൾ അതിൽ നിന്ന് ഇത് വാതിബിന്റെയും മുസ്തലീന്റെയും ജാജിസിന്റെയും താഴീഫിൽ നിന്ന് യുണഫോ അറിയപ്പെടും ല്ലേ ഇപ്പൊ പറഞ്ഞത് അതുപോലെ വാജിബ് ഇസ്മുഖായിലാണ് മുസ്തഹീദ് ഇസ്മുഖായിലാണ് ഇസ്മുഖായി ഡീഫ് അല്ല അപ്പൊ അതും ഇത് ഉണ്ടാക്കും അതിന്റെ മസ്തർ ആയി അതിന് മനസ്സിലാക്കിക്കോളൂ മസ്തറ് ബുജൂബ്ഹാലല്ല മാലായക്കുമൊരു ഇസ്മുഫാൻ കൊണ്ടാണ് അത് മൂന്നാം അത്തരപ്പ് ഇസ്മുഫാനാക്കി അസ്ഥാപിച്ചു അത് വാജും അല്ലവീലായക്കുമൊരു ഇന്തിഫ നോക്കി ആ അതേ അത്തരത്തിന് മുജൂബ് എന്താ നടക്കുന്നു അതുമോ കപൂരല്ല ഇന്ദിഫായി ഇന്ദിഫാന്റെ കമൂല അതുമ അതല്ല അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പൽവാജിപോ പല്ലവാജിപൊല്ലം യുപടി പ്രഭു അങ്ങനത്തെ അൽ അത് അപ്പം ഇവിടെ പറയാൻ പോകുന്നത് അത് ആവട്ടെ എന്താ പറഞ്ഞാൽ അല്ല നോക്കി ജവാബ് അത് അതിന്റെ രാജ്യം നിന്ന് കിട്ടും ഇസ്മ ഫിട്ടു വാജിബിൽ നിന്ന് അരിഫ് കിട്ടും വാജിബിലെന്താ പറഞ്ഞിഫ അപ്പൊ അതുമൊക്കെ പോലുള്ള വെച്ചു ആരിഫത്തൽ മുസ്തഖിൻഹു മുസ്തക്ക ഏതായാലും മർത്തത്തിൽ നിന്ന് കുറച്ചെടുക്കപ്പെടുന്നത് ആണല്ലോ മുസ്തക്ക് ആ മുസ്തഖിൽ ആരിഫ് പറഞ്ഞാൽ അത് പുസ്തകം മിന്നോ കാര്യത്തിൽ ആദ്യമായി കിട്ടിക്കൊടുക്കുന്ന പറയും പക്ഷെ മിന്നുവന് മത്തത് വഹത് കബ്ദം ആയി താൻ അത് ഞാൻ നേരത്തെ ബോധിച്ചുകൊണ്ട് വല്യ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞുണ്ട് അപ്പം സ്ഥാപിതമുണ്ടാക്കിയുടെ നാട്ട് في وقت نثبته مولانا ديان مولانا உதாரணம் كذا تاه تعالى فئنها واجبتون لا تقبل الانتصاب الزوال صفته اي كوجوده وقدمه وبقاءه نرنكم يروا وقوره وقوله ونسبته انما تثبت القدره لله تعالى قدرته مثل مثلا اني راده سمى بقى அங்க نرنكم അപ്പൊ ഈ കൗളി കൗളി അമ്മാഹു കവാതിരും എന്ന് പറഞ്ഞു അങ്ങനെ മാനവീയ സിപാതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാ പറഞ്ഞു മഹാ ഈ മാനവിയില്ലെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് സിഫം കുതിരത്തി എന്നാത്ത കലാണ് പിന്നെ മരീതൻ എന്നിസ്മീട്ടുണ്ടല്ലോ അതാണ് മാ ഒരു കാര്യമാകുന്നു അതിൽ ലമൃത്താബിത്തു അല്ലെങ്കിൽ അത് കഴിച്ചുറങ്ങാൻ വേണ്ടി അത് ഇന്ദിഫു മാ ലം ഞക്ക് മതിൽ ഇന്ദിഫ ഇന്ദിഫാൻ പേർക്കാത്ത ഇന്ദിഫ എന്നുണ്ടായിരുന്നു അത് കസറാക്കിയെന്നെ നെറൂറത്തി ബൈസിന് പഠിച്ച അല്ല ഇന്ദിഫ ആ നമുക്ക് സമാല ഇ ഫോൺ സമാന അപ്പൊ റൈഡിലേക്ക് നോക്കിയത് ചിലപ്പോ ഇന്ത്യ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധനം വന്നേക്കാം ആ സാധനത്തിന്റെ രാത്രിക്ക് മാത്രം നോക്കാം റാരിലാണ് അന്നേരം ബന്ധിച്ച് ആ ഇന്ത്യ ഇല്ലയോ നോക്കി വേണം ഉണ്ടാക്കാൻ വാജു പോണോ മുസ്തായി തീരുമാനിച്ചത് നേരെ നോക്കി ഒരു റയിലൊരു കുട്ടി ഉണ്ടാവുക എന്നെ രാത്രിയിലേക്ക് നോക്കിയാൽ മുൻകിനാണ് വെറും ജാസാണ് ഇന്ദിപ്പായിനെയും സുമൂഹത്തെയും രണ്ടും സ്വീകരിക്കുന്നതാണ് അന്ന വാസാക്കീകരിക്കുന്നവര് കുട്ടിയെ കൊടുത്തേ പറ്റൂന്ന് ഇനി ഇന്ദിപ്പായി സ്വീകരിക്കുമോ അവനെ വാജു വായിച്ച് ആ ബുജുമാർ എന്തുകൊണ്ടാണ് അതിനെ റൈലിലേക്ക് നോക്കിക്കൊണ്ട മുജുബായത് ഇതന് കുട്ടി ഉണ്ടാവില്ല രാത്രിയിലേക്ക് നോക്കിയില്ല അത് അന്ന് കൊടുക്കാൻ പാസാക്കി അപ്പൊ എനിക്ക് ഭംഗി സ്വീകരിക്കില്ല നോക്കിയില്ല കുഞ്ഞു പറഞ്ഞു പൊക്കി നോക്കി തുടങ്ങി നോക്കാൻ പാടില്ല ആ ആ മായിട്ട് മാത്രം നോക്കി തീരുമാനിക്കണം എന്തിന്റെ ബുദ്ധി ഉണ്ടാവും നോക്കി അതവരന് രാത്രിക്ക് നോക്കി മറ്റൊരു സാരിജായ മറ്റൊരു വസ്തുവിനെയൊക്കെ നോക്കിക്കൊണ്ടല്ല തീരുമാനിക്കണ്ടല്ലോ ഇപ്പൊറാജ അപ്പൊ നാട്ടിനെയ്തു കൊണ്ട് പോയിന് മാ താ പേതി ജാഹിധായ കാര്യം തന്നെ ഇഞ്ചിഫായനെയും സ്വീകരിക്കും അതുപോലെ പക്ഷെ സുബോധിനെയും സ്വീകരിക്കും രണ്ടിനും സ്വീകരിക്കുന്ന കാര്യം പക്ഷെ ഒന്നാമത്തെ താരത്ത് തീരുമാനിച്ച് ഇവർക്ക് കൊടുക്കണം കുറച്ചു തീരുമാനിച്ച പിന്നെ കൊടുക്കാതിരിക്കലും കുറവല്ലോ അതിന് അമ്മാണിങ്ങനെയാണ് പറഞ്ഞത് അപ്പാ കാജ അമ്മ താഴെ കിരുമ്മാവിജോ അരച്ചി ബാഴത്തകു അറസ്റ്റ് മുതൽ താഴോട്ട് എന്തും കുട്ടിക്കോ പകുവാ അത് മുഴുവനും പിന്നാലെ രാത്രി അതിനെ രാത്രിയിലേക്ക് മാത്രം നോക്കിയാൽ എക്ബദ സുമോത്ത സുമോഹത്തിനെ സ്വീകരിക്കും ഇന്ത്യപ്പാടി അമ്പ സ്വീകരിക്കുന്ന കാര്യാണ് അരത്തിന്റെ മുന്നിലെന്താണ് രാത്രിക്ക് മാത്രം നോക്കിയ അതിൽ രാത്രിക്ക് മാത്രം നോക്കി അറസിന്റെ മുജുവെന്താവിണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഉജ്ഞല്ലോ അതോ അത് അന്നാ അവസ്ഥ ഉണ്ടാക്കാൻ പാസാക്കി ഉണ്ടാക്കി തീർന്നു കൊണ്ടല്ല എന്ന് ഞാൻ അറിയാൻ തന്നെ അത് രാത്രിക്ക് നോക്കി കണ്ടില്ല അത് മുഴുവനും സുബു പിന് ഇതിൽ സ്വീകരിക്കും ിൽ താലൂക്ക് അതിന്റെ ഗുരു അത് കണ്ട് അന്നാഹവിന്റെ താലൂക്കാണ് എന്നുള്ള കരുനോക്കുമ്പോ ലാക്ക്പാതി സ്വീകരിക്കൂല ഈ അറസ്സിന് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ലാക്കിന്റെ അവര്സിന്റെ ഗുരുവോടും മറ്റേ ഗുരുവിടൊക്കെ ജാഹിദ്രിന്റങ്ങി ലാഫി ലാബിലേക്ക് നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെ അറിയല് അള്ളാഹുനോടതി ചോദിച്ചു വാങ്ങിക്കോന്നു അതൊരു ബൈസ് ഫുർത്തേക്കും വേണ്ടി പ്രായം കൊടുത്തേ ഉള്ളൂ വഹാറ താരിഫോ നൂപ്പറി പറഞ്ഞ താരിഫ് അക്സറോ വളരെ ചെറിയ താരീഫ് അല്ലെത്തി പറഞ്ഞു നിൽക്കാം മാലഞ്ഞരളി ഫാഫിഹി മാത്രമല്ല മുസ്തറാജോടൊപ്പം തന്നെ വാവുദുഹ ഏറ്റവും നല്ല ഗുണൂഹുണ്ട് കെട്ടും പിടികളൊന്നും കൂടുതലൊന്നുമില്ല വളരെ മെച്ചപ്പെട്ടതുമാണ് ഇപ്പൊ മൂന്ന് ബസ്ബ പറഞ്ഞ അജീപി എന്തിനേക്കാൾ മീൻ പൗരന് മാലായു അഗമുഹൂൺ മാലാഴ്ച സമൂഹല്ലേ ഉണ്ട് വാജിപിനുള്ള കാര്യം പറയുന്നത് ആ മാലാഴ്ച സമ്പൂർക്കില്ലാത്ത അടുമ് തസമുറാവാത്തേ വാജിപ്പ് മാ നമ്മൾ സംഭവം നോക്കി കൂട്ടിക്കൊടുക്കാനല്ലത് അതിന്റെ അടുമ് അച്ഛറാ ഇല്ലാന്ന് അത്മ തസമുറാകും എന്ന് പറഞ്ഞാൽ ശരിയാവരല്ല ഇതാണ് മറ്റൊന്ന് ആളുകൾ പറയുന്നത് ഹറ ഇത് വളരെ പ്രസിദ്ധമാണെങ്കിലും ഇത് വളരെ പ്രസിദ്ധമായ അറിയിപ്പാണ് മാനായുട്ട സമൂഹത്തിൽ നിക്കെ അത് മുഖവും അതിനാൽക്കാളാണ് മുക്തക്കളാണ് ഇത് മൂന്ന് പ്രസ്താവണിത് അക്കല്ലോ മുക്തായക മറ്റേക്കാണ് അക്ഷരങ്ങൾ വളരെ ശരിയില്ലേ മാലം ചിഫാൻ തന്നെ സംഗ്രഹിച്ചുണ്ടല്ലോ പക്ഷേ മാലക്കതിനോ എന്നി പറഞ്ഞില്ല മുഖത്തായി ഔനഹ കാരണം തന്ന ന്നുഹി അതിനെയും അജാകായ കാര്യങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല എന്നാ പറയുന്നു ഇതിന് മാലം ഞൽ ഇൻതിഫി എന്ന് പറഞ്ഞതിന് മജാദിയായ കാര്യങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല നിർക്കുന്നേ ചില മുഴുവൻ മറ്റൊരു മാലിൽ അക്കലി എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അക്കലി അതുമൊക്കെ സിഫാത്തുകളെയും അത് സ്വീകരിക്കും ഉൾക്കൊള്ളും മാനവീയായ സിഫാത്തുകളെയും ഉൾക്കൊള്ളും بِاِخْتِلافِ تَعَارِيفِ الصَّنُوصِ يَسُرُّنِي مَعَمَّنَ تَعَارِيفِ النَّوَاتِمِ فَإِنَّهُ مُتَطَبُّلٌ أَدَ نُغَندَرًا إِذِ تَنَسِيمُ الْعَارِفِ وَفِيهِ تَجَذُّزٌ أَدَ تَجَذُّزٌ أَدَ أَدَ وَلَا إِلَّا اللَّهُ وَذَا تَجَذُّزُ حَيْثُ لَكَ تَصَوَّرَ وَوَرِيدًا بِالتَّطْبِيقِ وَوَرِيدًا تَطْدِيقُ تَطَبُّرٌ إِنَّمَا يُقَالُ مَا نَظَرَ فِي الْعَقْلِ أَنَّكَ تَصَوَّرَ وَعَادَ തസ്തപൂർ ആവാദം പറഞ്ഞാൽ ആക്കര് തസ്തികാക്കാത്ത അർത്ഥം ചെയ്തിരുന്നു അല്ലെങ്കിൽ തസ്തപൂർ ആഭാതം ഏതാ തസ്തപുറാഭാത്ത നന്നും തസ്തൂറാക്കാനാ തസ്തപൂർ ആക്കാൻ ഏത് മഹാന തസ്തപൂർ ആക്കാനാ തസ്തി ആക്കാനല്ലേ വൈകാം അപ്പൊ ആ വാതിനിന്നി മാലാർക്ക് സമ്പുറത്തില്ലാത്ത അത്മോഹം എന്ന് പറഞ്ഞ തസ്തിക ആക്കാത്ത കാര്യം അർത്ഥം പുറത്തേണ്ടി വരും എന്നിട്ട് അപ്പി കൊസൂറുകൾ അതിന് കൊസൂർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എതിരെ മജാദ് പ്രയോഗിക്കതെ താരീഫാട്ട് മജാദ് പറയാൻ പാടില്ല എന്നല്ലേ മാത്രമല്ല സ്വരൂപത് മാനവീയത്ത സെൽതുകളെയും മാനവീയത്തിനെയും അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുക അങ്ങനൊരു പോരായ്മയുണ്ട് സെൽബി തമ്മിൽ ഈ സെൽദുകളും ഉൾക്കൊള്ളിക്കില്ല അപ്പൊ താരീഫും ജാമ്യായിട്ടില്ല എന്നല്ല ആ പൊതു കരിമത് നീണ്ടുപോയിനി രണ്ടാമത്തത് മരാത്ത് പ്രചോദിച്ച് പറഞ്ഞു മൂന്നാമത്തെ താരീഫ് ജാമ്യം അയച്ചില്ലാഹിറത്തു ഈ താരിഫിന് സുർവാഹിങ്ങളും അല്ലാതെ മുനാക്കറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രസിദ്ധമായിട്ട് സൈന്യത്തിന്റെ സിഫറിയിൽ കാണാം അതൊന്നും ഇവിടെ മതിക്കില്ല മൂപ്പറ് പേരും കഴിച്ചതായി മാലാ ഞക്കുറ ഇൻതിഫി എന്ന ഒറ്റ വാക്കോണ്ടങ്ങൾ എളുപ്പത്തിൽ തീർന്നല്ലോ വൈഷ്ഠഹ ഈ തരീപ്പ് മഷുറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വൽവാബു ഹാരി ഇവിടെ വൈഇഷ്ടഹറ എന്ന വാബു ഹാരിനാണ് അതായത് മായ സുഹൃത്തീൻ എനിക്ക് അതിന്റെ തെളിവിലുടുത്താനുണ്ടായിരുന്നു അത് സുഹൃത്തായോടൊപ്പം തന്നെ ഞാൻ അത് വേണ്ട വിശ്വസിക്കുന്നു വഹിൻ എന്നുള്ള ധാരിയത്താണ് വൽമാന അറിൾ തുന്നും ഈ ആര് സുഹൃത്തീൻ അത് മഷഹൂറായതോടൊപ്പം തന്നെ ഞാനത് വരണമെന്ന് വെച്ചിരിക്കും നൂന്നാൽപ്പറിനെ വയനാടാനും വയന എന്റെ വണ്ണമൊക്കെ കാരണം ലിമാരിസൺ നീ അറിഞ്ഞിന് വേണ്ടി അറിയന്താ എന്റെ ഈ കാര്യം ഇപ്പൊ വളരെ മുക്തക്കാരാണ് ലഭിച്ചെടുക്കുന്നുണ്ട് അതോടൊപ്പം മജാകളൊന്നും നടന്നു കൂടിയിട്ടില്ല വളരെ വാതിയാണ് പിന്നെ എല്ലാവരും ഉൾക്കൊള്ളിക്കുകയും ചെയ്യും ആ മൂന്ന് ഒരു ചോത്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നെതറി ഇഷ്ടത്തിലാല് ഏകദേശം തന്നെ നെതൃശ്ശ ബുദ്ധനെ ജലചലവാക്കിന് രേഖകളിൽ ഒരുമിച്ചു കൂട്ടി രേഖയിൽ കൂടി കണ്ടെത്തലാണ് ഇഷ്ടത്തിലാല് ഇത് രണ്ടിനും ആവശ്യമില്ലാത്ത രീതിയിൽ ഒറ്റ അടിക്കുന്ന ഇതാണ് ഏത് ദറൂരി എന്ന് പറയുന്നത് അതിന് ഉദാഹരണം അപ്പൊ നെറൂറിയായ അഗ്നിയായ വാജിബിനാ ഉദാഹരണം പറയുന്ന പക്ഷെ ഇവിടെ ശരിക്കും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ കിതാബിന്റെ ഒരുപാട് തെറ്റിയിട്ടുണ്ടോ അത് ശരിയാക്കേണ്ടി ിൽ ജെർമി ജെർമെന്നാണ് തടിയുള്ള സാധനം ഈ തടിയുള്ള സാധനം ഇത് ടഹ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അതാ ഉദാഹരണത്തിനെടുത്തത് തയ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും അത് പിടിച്ചെടുക്കും എന്നുള്ളത് ഇതിന്റെ വണ്ണത്തിലും വീതിയിലും ഒരു ജെർമെന്നാൽ ഇത്രയും ഏറി അത് കയ്യിടക്കും എന്നതാണ് തഹൈജുസ് ഈ പറാകയിൽ നിന്ന് ഇത് നിൽക്കാനാവശ്യമാ ഇത്രയും ഏറി അത് കയ്യടക്കുമല്ലോ ഒരന്നിട്ടില്ല അതെ തഹഗീസ് എന്ന് പറയും ഈ തഹൈസ് ജെർമിന്റെ വാജിബാണെന്നാണ് അക്കഡിയായ വാജിബാണെന്ന് പറഞ്ഞു അപ്പൊ ജെർമുണ്ടോ തഹയ്യസ് വാജിബിയായ വാജിബ് അല്ലേ ഈ ജിർമ ഹാരിസോ പ്രീമോ ഹാബിസ് ഈ ജെർമുണ്ടായ ശേഷമാണ് ഒരു പ്രത്യേക സ്വഭാവത്തിലെ ടഹജീസ് അപ്പൊ ഹാരിസിന് എങ്ങനെ വാജിബം എഴുതിണ്ടായി അകിയായ വാജിപാണോ അക്കനിയായ വാജിബ് കടിമല്ലോ ഈ ജറങ്ങിന്റെ തടി തന്നെ എന്താണ് ഹാദിസാണ് ഹാദിസിന്റെ ഒരുവിതെല്ലാം എന്താണ് മൂക്കിനാണ് വാജിബല്ലല്ലോ അപ്പൊ അതിനുണ്ടാവുന്ന അരവാഡാണ് താഴ്ച അപ്പൊ താജ്യൂസ് എന്ത് തന്നെ ഹാദിത്തിന് ശേഷം ഹാജിറ്റായ കാണോ പിന്നെങ്ങനെ അക്കലിയായ വാജിബായി അതിന്റെ നാട്ടിന്റെ അളവത്തിൽ ആണോ അതിന് മീളം വീതി വന്നം ഇതിനനുസരിച്ചിട്ടുള്ള അവധി ഒഴിയുണ്ടല്ലോ ഒഴിയിട്ടുണ്ടെന്ന് അത് കഴിക്കലാക്കുന്നുണ്ട് ഇതാ തഴങ്ങിയത് എന്ന് പറഞ്ഞ വേന ഇതാണ് ഉദാഹരണം വ നവരീൻ രണ്ടാമത്തെ നെവരി മാ തവക്കുറ മാറിന്റെ മേൽ ആശ്രയിച്ചു മാത്രം കിട്ടുന്ന കാര്യങ്ങൾക്ക് എന്തോ അതും അതിന് പോലെക്കാൾ കിടമില്ലാത്ത അമ്മാവുത്താലാക്ക് കിടമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു താലാക്ക് ദാത്തന്റെ കിടമുണ്ട് ഇതമ്മ വാജിബാണ് അഖലിയായ വാജിബാണ് ഇത് പെട്ടെന്ന് പറയാത്തിരുന്ന കാര്യമില്ല എന്തുകൊണ്ട് അതിമൊക്കെ കിടം മാറണം കിടം എന്താണ് ഇത് വാജിബാന്ന് പറയേണ്ട കാരണം എന്താണ് എന്നാൽ നിങ്ങളുടെ വിശദുകാരൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പോൾ ജിഡ്മാണ് അഖലിയായ വാജിപിന്റെ ഒരു കാരണം ദൗരിക്ക് അഗനിയായ വാതിബിന്റെ നെബലിക്കാണെങ്കിൽ താഴെ തിരമിൽ ഇല്ലാതിട്ടാലാണ് നോക്കിയത് ഇപ്പൊ കൊല്ലും ഇന്ദുമാറയപ്പെട്ട രണ്ടും ഏതെല്ലാം ഈ നെബലി ലഹോറിയും നെവലിയുമായി എണ്ണെണ്ണം ലാ യൂണിഫാൻ റാത്തിന്റെ ഇന്ദിഫാനെ സ്വീകരിക്കുകയും ചെയ്യില്ല ജിർമ്മക്കൊണ്ടോ അതിന്റെ കാലത്തല്ല തഹീസില്ലാതെ ജൊർമ്മ ഉണ്ടാവുകയേ ചെയ്യില്ലേ അനുസരം നോക്കിയട്ടെ നമുക്കൊക്കെ നമു എന്ന് പറഞ്ഞ ലോക